ം ആത്മാവിൻ്റെ സ്വരൂപമാണ് ആ ആനന്ദത്തിനെയാണ് മനസ്സ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത് അൽപ്പ അൽപ്പ അല്പസുഖങ്ങളിൽ എവിടെ ആനന്ദം കിട്ടുന്നുവോ തൽക്കാലത്തേക്ക് മനസ്സ് അവിടെ പോയി നിൽക്കും പക്ഷേ അല്പമായ വസ്തുക്കളിൽ അല്പമായ ആനന്ദമേ കിട്ടുകൊള്ളൂ നാരദ മഹർഷിക്ക് സനത്കുമാരൻ ഉപദേശിക്കുന്നു ചാന്തോഗ്യ ഉപനിഷത്തിൽ ഭൂമാവൈ സുഖം അൽപ്പേ സുഖമസ്തി അനന്തമായിട്ടുള്ളത് ഏതൊന്നുമുണ്ടോ അതിലാണ് യഥാർത്ഥ സുഖമുള്ളത് അല്പമായതിൽ സുഖമില്ല അല്പമായതിലുള്ള സുഖവും അല്പമായിട്ട് പോവും അത് എത്ര കണ്ട് സുഖിപ്പിച്ചുവോ അത്ര കണ്ട് ദുഃഖിപ്പിക്കും അനന്തമായ വസ്തുവാണെങ്കിൽ അതിലേർപ്പെടുന്ന ആനന്ദത്തിന് അളവില്ല അളവില്ലാത്ത ആനന്ദം ആ അനന്തമായ വസ്തു ഏതാണ് നമ്മളുടെ സ്വരൂപം സത്യം ജ്ഞാനം അനന്തം ഇത് ബ്രഹ്മസ്വരൂപമായിട്ട് ഉപനിഷത്ത് പറയുന്നു ബ്രഹ്മസ്വരൂപം എന്ന് വെച്ചാൽ എന്താ ആത്മസ്വരൂപം ആത്മാ തന്നെയാണ് ബ്രഹ്മം തൻ്റെ യഥാർത്ഥ സ്വരൂപം നമ്മളുടെയൊക്കെ യഥാർത്ഥ സ്വരൂപം അതറിയാത്തതുകൊണ്ട് അജ്ഞാനം കൊണ്ട് ഏർപ്പെട്ടിട്ടുള്ളതാണ് ദുഃഖം ഈ ദുഃഖത്തിനുള്ള പരിഹാരമാണ് എല്ലാ മഹാത്മാക്കളും എല്ലാ ഗ്രന്ഥങ്ങളും പറയണത് അലോപ്പതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യാധി കൊണ്ടുപോയി ഡോക്ടറുടെ അടുത്ത് കാണിച്ചാൽ അതിന് അനേക കാരണങ്ങൾ പറയും ഓരോന്നിനും ഓരോ കാരണം അതിനുള്ള ജേംസ് അതിനുള്ള ബാക്ടീരിയ ഒക്കെ കണ്ടെത്തും ആയുർവേദത്തിലാണെങ്കിൽ എല്ലാത്തിനും ഏകദേശം ചുരുക്കിയിട്ട് കഫം വാദം പിത്തം എന്ന് മൂന്നായിട്ട് പിരിച്ചു വേദാന്തികൾ പറയണു ഒരു വ്യാധിയേ ഉള്ളൂ അതിന് ഒരു മരുന്നേ ഉള്ളൂ ആകപ്പാടെ ഒരേ ഒരു വ്യാധിയേ ഉള്ളൂ അജ്ഞാനം എന്ന വ്യാധി തന്നെ താൻ അറിയുന്നില്ല ബാക്കിയൊക്കെ അറിയുകയും ചെയ്യണോ അതിനു പേരാണ് അജ്ഞാനം അല്ലാതെ തന്നെ താൻ അറിയായ്മ മാത്രം ചേർന്ന് അജ്ഞാനമാവില്ല ഉറക്കത്തിൽ തന്നെ താൻ അറിയണില്ല പക്ഷെ സുഖമായിട്ടിരിക്കണം അതുകൊണ്ട് അത് പോരാ തന്നെ താൻ കയറിനെ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കയറിൽ പാമ്പിനെ കാണുമ്പോഴാണോ കുഴപ്പം അപ്പൊ തന്നെ താൻ അറിയായ്മയോടുകൂടെ താൻ അല്ലാത്ത വസ്തുക്കളെ അറിയലും കൂടെ ഉണ്ടല്ലോ അവിടെയാണ് ദുഃഖം വരണവർ ഇപ്പൊ ലോകത്തിലൊക്കെ നോക്കിക്കൊള്ളുക പഠിപ്പില്ലാത്തവരൊന്നും കാര്യമായി കുഴപ്പമുണ്ടാക്കണില്ല ലോകത്തിൽ സർവത്ര കുഴപ്പമുണ്ടാക്കുന്നത് ഈ പഠിച്ചവരാണ് പഠിപ്പില്ലാത്തവരോ അപായമായിട്ട് എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് കിട്ടുന്നത് കഞ്ഞി കുടിച്ചിരിക്കും പഠിച്ചവരാണ് ലോകത്തിൽ സർവത്ര കുഴപ്പമുണ്ടാക്കണം ജീവിതത്തിനെ ആപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പഠിച്ചവർ ഭൂമിക്ക് തന്നെ ആപത്തായി തീർന്നിരിക്കുകയാണ് ഈ പടുപ്പ് ആ പടുപ്പ് എന്തുകൊണ്ട് കുഴപ്പം പറ്റിക്കുന്നു പടുപ്പിന്റെ കുഴപ്പമല്ലാതെ ആത്മാവിനെ അറിയാതെ അനാത്മവസ്തുക്കൾ ഉണ്മയെന്ന് ഒരു ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിലാണ് നമ്മൾ ആ മുഴുവൻ നിൽക്കുന്നത് അതുകൊണ്ട് വന്ന് ഏർപ്പെട്ട ദുഃഖം അപ്പൊ എന്തുകൊണ്ട് ആത്മ അറിയപ്പെടുന്നില്ല ഇന്ന് രാത്രി ഗ്രഹണമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് കൂരി ഇരട്ടില് ചന്ദ്രനെ രാഹു ഗ്രഹിക്കുന്നു രാഹുഗ്രഹണം രാഹു ഗ്രഹിക്കുന്നു ചന്ദ്രനെയും സൂര്യനെയും രാഹു ഗ്രഹിക്കണതിനാണ് നമ്മൾ ഗ്രഹണം ആചാര്യസ്വാമികൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നു ഇതേപോലെ अज्ञानवन राहुग्रहणों राहुुग्रस्त दिवाकु सदृशो मयासादना सन्मात्र समिति प्रबोध समये अस्वासमी प्रबोधसम तस्मै श्री गुरमूर्त ം ശ്രീ ദക്ഷിണാമൂർത്തയെ രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശ ദിവാകരനും ഇന്ദുവും ദിവാകരൻ സൂര്യൻ ഇന്ദു ചന്ദ്രൻ സൂര്യനെയും ചന്ദ്രനെയും രാഹു ഗ്രസിക്കുമ്പോ പ്രകാശിക്കണില്ല അതേപോലെ മായ മായയാവുന്ന രാഹു നമ്മളുടെ ഉള്ളിൽ സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കണം സൂര്യൻ ആരാണ് ബുദ്ധി ചന്ദ്രൻ മനസ്സ് ചന്ദ്രമാ മനസ്സോ ജാത സൂര്യൻ ബുദ്ധിയാണ് ബുദ്ധിയും മനസ്സിനെയും അജ്ഞാനമാവുന്ന രാഹു ഗ്രസിക്കുമ്പോ ആത്മതത്വം പ്രകാശിക്കണില്ല സ്വരൂപം പ്രകാശിക്കണില്ല സുഷുപ്തിയിൽ ബുദ്ധിയും മനസ്സും ഇല്ലാതായി ലയിച്ചു കിടക്കുമ്പോ സന്മാത്ര ഉണ്ട് എന്നൊരു തോന്നൽ മാത്രം വേറൊന്നും അറിയപ്പെടുന്നില്ല ബോധം പ്രജ്ഞയില്ല എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടാണ് പറയണത് അസ്വാപ്സം ഞാൻ ഉറങ്ങി എന്ന് പറയണത് അപ്പോ ഈ രാഹു ആ സ്തോത്രത്തിന്റെ അർത്ഥമല്ല ഞാനിപ്പോൾ പറയണത് രാഹു ഗ്രസിക്കുന്ന പോലെ ഒരു അജ്ഞാനം ഗ്രസിച്ചിരിക്കുന്നു ബുദ്ധന്റെ പുത്രന് പേര് മകന് പേര് രാഹുലൻ എന്നാണ് പേര് ആ പേരിടാൻ കാരണം ബുദ്ധനെ ശുധോധനൻ പുറത്തേക്കേ വിടാതെ കൊട്ടാരത്തിൽ സുഹിപ്പിച്ചു വെച്ചു അപ്പോഴാണ് ഒരു ദിവസം നാട് കാണാനായിട്ട് ഇറങ്ങിയത് ആ കഥയെ നമുക്ക് അറിയാം നാട് കാണാൻ ഇറങ്ങിയപ്പോ ഒരു ശവം കൊണ്ടുവരുന്നത് കണ്ടു വ്യാധി പിടിച്ച ഒരാളെ കണ്ടു ഒരു വൃദ്ധനെ കണ്ടു അപ്പൊ വാർദ്ധക്യം മരണം വ്യാധി ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ശാന്തനായിട്ടിരിക്കുന്ന ഒരു താപസനയും കണ്ടു അപ്പൊ ഇതിനൊരു പരിഹാരവും ഉണ്ടെന്ന് മനസ്സിലായി അപ്പോ സംസാരം അത്യന്തം വലിയ ഒരു ബന്ധമാണെന്ന് അദ്ദേഹത്തിന് തോന്നി ഭാര്യ ഭാര്യ അപ്പൊ കുട്ടി ഉണ്ടായിട്ടില്ലല്ലോ ഭാര്യ ബന്ധുക്കൾ ഇതൊക്കെ വളർന്ന് വളർന്ന് വരുംതോറും തന്നെ പിടിച്ച് കെട്ടുകയാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി ഈ യാത്ര കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് വരുമ്പോഴാണ് ഒരു പുത്രൻ ഉണ്ടായിരിക്കണമെന്നുള്ള സന്തോഷവാർത്ത അദ്ദേഹത്തിനെ അറിയിക്കുന്നത് അറിയിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ ബന്ധത്തിന് മേലെ ബന്ധം ഇനിയിപ്പോ ഒരു ബന്ധം കൂടെ തന്നെ കെട്ടാൻ വന്നിരിക്കണം അപ്പൊ അദ്ദേഹത്തിന് തോന്നി തന്നെ പിടിക്കാൻ വന്നിരിക്കണ രാഹു ആണോ എന്ന് തോന്നി അത്ര അതുകൊണ്ടാണ് അത്ര രാഹുലൻ എന്ന് പേര് വെച്ചത് ഗ്രസിക്കാൻ വന്നിരിക്കുന്ന രാഹു ആണോന്ന് തോന്നി നാം അതുകൊണ്ട് അതിന്റെ പിടി അത് പിടിക്കുന്നതിന് മുമ്പ് ചാടണം എന്ന് പറഞ്ഞിട്ട് അത്ര അന്ന് രാത്രി തന്നെ പുറപ്പെട്ടത് അപ്പോ രാഹുഗ്രസ്തതിമാകര സദൃശ ഹു ബുദ്ധിയും മനസ്സിനെയും ഗ്രസിക്കുന്നു അജ്ഞാനം അവിദ്യ ഗ്രസിക്കുമ്പോ നമ്മളുടെ യഥാർത്ഥ സ്വരൂപമായ പൂർണ്ണത ആനന്ദം തൃപ്തി നമുക്ക് പിടികിട്ടുന്നില്ല നമ്മളുടെ സ്വസ്വരൂപമായ തൃപ്തി പിടികിട്ടുന്നില്ല ശരീരമാണ് ഞാൻ എന്ന് മാത്രം അറിയാം ശരീരത്തിനെ സുഖിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ സുഖിക്കുന്നു ശരീരത്തിന് വിഷമം വന്നാൽ എനിക്ക് വിഷമം അതുകൊണ്ട് ശരീരത്തിന്റെ തലത്തിൽ മാത്രം നിന്നുകൊണ്ടുള്ള ജീവിതമാണ് ലോകത്തിലെ സാധാരണമായിട്ട് കാണുന്ന ജീവിതം അങ്ങനെ ശരീരത്തിന്റെ തലത്തിൽ തന്നെ ജീവിച്ച് ആത്മതത്വം അറിയാതെ അതൊട്ടും കേൾക്കാതെ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും അറിയാതെ ഈ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് പോലും അറിയാതെ പരിഹരിക്കുന്നത് പോട്ടെ പരിഹാരമുണ്ടെന്ന് അറിയുന്നത് ഏറ്റവും പ്രധാന ഘട്ടം വിദ്യാരണ്യസ്വാമികൾ ഒരിടത്ത് പറയുന്നു പഞ്ചദശയിലോ മറ്റോ ഈ ജീവന്റെ ഉള്ളിൽ മുക്തിയെക്കുറിച്ചുള്ള സന്ദേശം വീഴുന്നത് തന്നെ ആ ജീവന്റെ യാത്രയിലൊരു വളരെ മുഖ്യമായ ഘട്ടം ആ ജീവന് സാക്ഷാത്കാരം ഉണ്ടായോ ബന്ധവിമുക്തി ഉണ്ടായോ ആനന്ദം നേടിയോ എന്നുള്ളതൊക്കെ കാര്യം വരെ ഏതോ ഒരു ഘട്ടത്തില് ജീവിതത്തിന്റെ ഏതോ ഒരു മുഖ്യമായ ഘട്ടത്തിൽ യഥാർത്ഥമായി അനുഭവിച്ച ഒരാളിൽ നിന്നും ഈ ബ്രഹ്മവിദ്യ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടാം ചെവിയിൽ വീഴാം ആ വീഴുമ്പോ എന്തൊന്നും അറിയാത്ത അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു ആനന്ദം തോന്നും ശ്രവണായാപി ബഹുഭിറിയോണലഭ്യഹ് കേൾക്കാൻ പോലും എത്രയോ പേർക്ക് കിട്ടണില്ല ആ കേൾക്കാൻ സിദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടം അത് കേൾക്കാൻ പോലും സാധിക്കാതെ ജീവിതം മുഴുവൻ ബഹിർമുഖ വൃത്തിയിൽ തന്നെ പണം ഉണ്ടാക്കുക പ്രവർത്തിക്കുക കുറെ ഊണ് കഴിക്കുക ഉറങ്ങുക ഇങ്ങനെ കഴിഞ്ഞുപോയി അവസാനമാവുമ്പോ കണക്കെടുത്ത് നോക്കിയാൽ ഒന്നും പറയാനില്ല കുറേ പച്ചക്കറി കുറെ അരി കുറെ കാപ്പിപ്പൊടി ചായപ്പൊടി പാല് തൈര് മോര് ഒക്കെ കാലിയായി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കണക്കെടുത്ത് നോക്കുമ്പോ ഒരു തൃപ്തിയില്ല നേടേണ്ടത് നേടിയില്ല എന്നൊരു ദുഃഖത്തോടുകൂടെ മരിക്കുന്നവരെ കൃപണന്മാര് എന്നാണ് പറയണത് പിശുക്കന്മാര് എന്നാണ് അതായത് ധാരാളം സ്വത്ത് വെച്ചിട്ട് അല്പം പോലും ഉപയോഗിക്കാതെ അറിയാതെ ഈയിടെ ഇവിടെ പത്രത്തിൽ കണ്ടു ഒരു വലിയ ഗവൺമെന്റ് ഓഫീസിന് മുമ്പില് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇരിക്കുന്ന ഒരു ഭിക്ഷകാരൻ അയാൾ മരിച്ചു അത്രേ മരിച്ചപ്പോ അയാൾ ഇരിക്കണ ചാക്ക് പൊന്തിച്ചു നോക്കിയപ്പോ ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുക അതൊന്നും ഉപയോഗിച്ചില്ല അഞ്ചു പൈസയും പത്ത് പൈസയും വരണവരോടും പോണവരോടും കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ ആത്മാ ആനന്ദത്തിന്റെ ഖനിയാണ് ഖനീഭൂതമായ ആനന്ദം സ്വ സ്വസ്വരൂപമായ ഉള്ളിൽ കടക്കണം അതിനെ തിരിഞ്ഞുപോലും നോക്കാതെ ആ ആനന്ദത്തിനെ അല്പം പോലും അനുഭവിക്കാതെ എന്ന് ആ സത്യത്തിനെ കണ്ടെത്താതെ മരിക്കുന്നവനെ കൃപണൻ എന്ന് വിളിക്കുന്നു ഭാഗവതത്തിൽ വസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായ വസുദേവര് നാരദ മഹർഷിയെ കാണുമ്പോൾ ഏകാദശ സ്കന്ധത്തിൽ നാരദരോട് പറയുന്നു ഭഗവാനെ ഞാനൊരു കൃപണൻ അങ്ങേ പോലെയുള്ള മഹാത്മാക്കൾ പറഞ്ഞു തന്നല്ലാതെ ഈ സത്യം പിടികിട്ടില്ല എനിക്ക് ഇത്രയായിട്ടും എനിക്ക് ഇനിയും തത്വജ്ഞാനം തെളിഞ്ഞില്ല കൃഷ്ണനെ കാണുമ്പോഴൊക്കെ എന്റെ മകനാണോ മകനാണോ തോന്നുന്നു അത് ഈശ്വരനാണെന്നോ കൃഷ്ണൻ ആത്മാവാണെന്നോ തോന്നണില്ല മകനാണെന്നോ തോന്നുന്നു ഈ അജ്ഞാനം നീങ്ങാനായിട്ട് അങ്ങ് ഭാഗവത ധർമ്മം ഉപദേശിക്കുക എന്ന് പറയുന്നു വസുദേവൻ എന്നെ കൃപണനായിട്ട് ഞാൻ മരിക്കാനിടവരരുത് അപ്പോ ഇതൊക്കെ അർജുനനും അറിയാം ഈ വാക്കുകളൊക്കെ അർജുനൻ അറിയാം അല്ലെ അർജുനൻ ഒക്കെ വേദാന്തമൊക്കെ കേട്ടിട്ടുള്ള ഹള അല്ല അത് ആദ്യമായിട്ട് കേൾക്കണമൊന്നുമല്ല ഇതിന്റെ ടെർമിനോളജിയൊക്കെ അർജുനൻ അറിയാം നോക്കണം ടെർമിനോളജിയൊക്കെ ധാരാളം പേർക്ക് പക്ഷേ അത് യഥാർത്ഥത്തില് അതാണ് യേശുക്രിസ്തു അടുത്ത് പറഞ്ഞു അത്രേ മെനി ഹിയർ വെരി ഫ്യൂ ലിസൺ ഹിയറിംഗ് ധാരാളം ഉണ്ടാവും പക്ഷെ ആ ലിസണിങ്ങിന് ഒരു ടൈമുണ്ട് ശരിയായ ശ്രവണം ഹൃദയത്തിൽ നിന്നുള്ള ശ്രവണം ആളുകൾ മൂന്ന് വിധത്തിൽ കേൾക്കും ഒന്ന് ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ വിടും ഒരു യക്ഷന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാജാവിന്റെ സദസ്സിലൊരു യക്ഷൻ വന്നു ആ യക്ഷൻ മൂന്ന് അസ്ഥികൂടം കൊണ്ടുവന്നു എന്നിട്ട് ആ യക്ഷൻ പറഞ്ഞു ഞാൻ അനേകം രാജാക്കന്മാരുടെ സദസ്സിൽ പോയിട്ടുണ്ട് എന്നിട്ട് ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതായത് ഇതില് ഉത്തമ മനുഷ്യന്റെ അസ്ഥി കൂടം ഏതാണ് മധ്യമ മനുഷ്യന്റെ അസ്ഥി കൂടം ഏതാണ് അധമന്റെ അസ്ഥി കൂടം ഏതാണ് ഇത് പറയാൻ ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ടുപോകും എങ്ങനെ പറയാൻ പറ്റും ജീവനുള്ള ശരീരമാണെങ്കിൽ മുഖലക്ഷണം നോക്കിയിട്ടെങ്കിലും പറയാം ജഡശരീരമാണെങ്കിലും ലക്ഷണം നോക്കിയിട്ടെങ്കിലും പറയാമെന്ന് വെക്കാം ഇതിപ്പോ തോലും മാംസവും ഒക്കെ എടുത്തു കളഞ്ഞാൽ എല്ലാ അസ്ഥി കൂടവും ഒരേപോലെ കുറെ ദ്വാരം മാത്രമേ ഉള്ളൂ മുഖത്ത് അപ്പൊ അവിടെ ഒരു സന്യാസി അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞൊരു ഈർക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു ആ ഈർക്കല് ഒരു അസ്ഥി കൂടത്തിന്റെ ചെവിയുടെ സ്ഥാനത്തിൽ ഇട്ടു ഇട്ടപ്പോ ഈ ചെവിയിലൂടെ അത് പുറത്തേക്ക് വന്നു അപ്പൊ പറഞ്ഞു ഇതാണ് അഥമ മനുഷ്യന്റെ ലക്ഷണം അയാൾ കേൾക്കുന്നതൊക്കെ ഈ ചെവിയിൽ കൂടെ കിടന്ന് ഈ ചെവി കൂടെ പുറത്തേക്ക് വരും രണ്ടാമത്തെ അസ്ഥി കൂടത്തിന്റെ ചെവിയിലേക്ക് ഇറുക്കലിട്ടപ്പോ അത് ചെവിയിൽ കൂടെ കടന്ന് വായുക്കൂടെ പുറത്തേക്ക് വന്നു ഇയാൾ കേൾക്കുന്നതൊക്കെ പറയും പക്ഷെ അയാൾക്ക് പ്രയോജനപ്പെടില്ല അത് വായുക്കൂടെ പുറത്തേക്ക് വിടും മൂന്നാമത്തെ അസ്ഥി കൂടത്തിന്റെ ചെവിയിലേക്ക് ഇട്ടപ്പോ അത് ചെവിയിലൂടെ കടന്ന് നേരെ ഉള്ളിലേക്ക് പോയി അത്രയും അപ്പൊ ഇതാണ് ഉത്തമശ്രോതാവ് എന്നാണ് ഉത്തമശ്രോത കേൾക്കുന്നത് അങ്ങനെ ഹൃദയത്തിലേക്ക് നേരെ ഹൃദയത്തിലേക്ക് പോകുന്നു ഹൃദയസ്ഥാനത്തിലെത്തി അനുഭൂതിയായിട്ട് നിൽക്കുന്നു അപ്പൊ ആ ശ്രവണത്തിന് ഒരു സമയമുണ്ട് ആ സമയമാവുമ്പോ നമ്മൾ ശ്രവിക്കും എവിടെ നിന്ന് ശ്രവിക്കും സത്യകാമൻ ഒരു കുട്ടി ശ്രവിച്ചു പ്രപഞ്ചത്തുനിന്ന് മുഴുവൻ വേദാന്തം കേട്ടു ആ കുട്ടി കുട്ടിയെ നല്ല പക്വമായ കുട്ടി ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് ആത്മതത്വം ഉപദേശിക്കും അപ്പൊ ഗുരു പറഞ്ഞു സത്യകാമൻ നല്ല പക്വയാണ് അയാളെ ആശ്രമത്തിൽ ഇരുത്തിയില്ല ചിലപ്പോ കുറച്ച് പക്വതമുണ്ടെങ്കിൽ ആളുകളുടെ നടുവിൽ കലർന്നാൽ ആ പക്വതം പോകും അതുകൊണ്ട് സത്യകാമനെ തനിച്ചിരുത്താൻ വേണ്ടി കുറെ പശുവിനെ പിടിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു കാട്ടിൽ പോയി ഈ പശുവിനെ മേച്ചിട്ട് ഈ പശു ആയിരണ്ണ ആയാൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞു ഈ പശുവിനെയും കൊണ്ട് സത്യകാമൻ കാട്ടിലേക്ക് പോയി കുറേ വർഷം തനിച്ച് വനത്തിലിരുന്നു നല്ല പക്വിയായതുകൊണ്ട് ഉള്ളിലിങ്ങനെ വിചാരം ചെയ്തുകൊണ്ടേയിരുന്നു ഈ പ്രപഞ്ചത്തിന് പരമകാരണം എന്താണോ ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു ആരാഞ്ഞു ആരാഞ്ഞുകൊണ്ടേയിരുന്നു ഉള്ളിൽ മുഴുവൻ ബ്രഹ്മവിചാരം ചെയ്തുകൊണ്ടേയിരുന്നു ഈ പ്രപഞ്ചത്തിന് പരമകാരണമായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചം എവിടെ നിന്ന് പൊന്തി ഈ ഞാൻ ആരാണ് ഈ ലോകത്തിനെ കാണുന്ന ഞാൻ ആരാണ് എന്നിങ്ങനെ ഈ ചെറിയ കുട്ടി ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ആ ആയിരം പശുക്കളിൽ ഒരു പശു ഒരു കാള സത്യകാമനെടുത്ത് വന്ന് പറഞ്ഞു അത്രേ സത്യകാമ ഞങ്ങൾ ആയിരമായിരിക്കണം നമുക്ക് പോകാം എന്താ കാള ഒന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ കാർട്ടൂണാണോ ഉപനിഷത്താണ് കാള വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പ്രകൃതിയിലെ ദേവതകൾ ഇതിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഉപനിഷത്ത് പറയണത് അത് മാത്രമല്ല സത്യകാമൻ സർവഭൂത ഹൃദയനായിട്ട് തീർന്നു സകല മൃഗങ്ങളും താനായിട്ട് തീർന്നു അവരോടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണതാണല്ലോ ഐക്യം ഏറ്റവുമധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ താനും മറ്റയാളും ഒന്നാൽ ഇവിടെ ഈ കാള വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആയിരമായിരിക്കണു പോകാം എന്നിട്ട് ആ കാള ബ്രഹ്മത്തിന്റെ ഒരു പാദം സത്യകാമൻ ഉപദേശിച്ചു വൈകുന്നേരം അഗ്നി ആധാനം ചെയ്തപ്പോ അഗ്നി ബ്രഹ്മത്തിന്റെ ഒരു പാദം സത്യകാമൻ ഉപദേശിച്ചു തടാകത്തിന്റെ തീരത്തിൽ ധ്യാനിക്കാനിരുന്നപ്പോ ആകാശത്തിൽ പറന്നു ഹംസം അരയന്നം സത്യകാമത്തിന് സത്യകാമന് ബ്രഹ്മത്തിന്റെ ഒരു പാദം ഉപദേശിച്ചു പശുക്കൾ ഉപദേശിച്ചു പൃഥ്വി ഉപദേശിച്ചു ആകാശം ഉപദേശിച്ചു പ്രപഞ്ചം മുഴുവൻ വേദാന്തം പറഞ്ഞു സത്യകാമൻ കേട്ടു അതാണ് മുഖ്യം അല്ലെങ്കിൽ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേൾക്കണില്ല അവരെപ്പോഴും കാണിച്ചു തന്നുകൊണ്ടേ നമ്മൾ കാണുന്നില്ല ധ്യായതീവ പൃഥിവി ധ്യായതീവ ദ്യൗഹു പൃഥ്വിയും ആകാശവും ഒക്കെ ധ്യാനിച്ച് സമാധിസ്ഥരെന്ന പോലെ നിൽക്കുന്നു അത് കാണാൻ നമുക്ക് പറ്റണമില്ലല്ലോ ആ കുട്ടി കണ്ടു ശ്രവിച്ചു ആശ്രമത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൂരത്തുനിന്ന് കണ്ടപ്പോ തന്നെ ഗുരുനാഥൻ ചോദിച്ചു ഹേ സത്യകാമ തനിക്ക് ആരാണ് ഉപദേശിച്ചത് തന്റെ മുഖം കണ്ടാൽ ബ്രഹ്മനിഷ്ഠനെ പോലെ ജ്വലിക്കണമല്ലോ പ്രകാശിക്കണമല്ലോ തനിക്ക് ആരു ബ്രഹ്മതത്വം ഉപദേശിച്ചു ഇപ്പൊ സത്യകാമൻ നടന്നതൊക്കെ പറഞ്ഞു എന്നിട്ട് ഗുരുദേവൻ ഒരു വ്യവസ്ഥാപാലനത്തിനു വേണ്ടി ഉപദേശിക്കുകയും ചെയ്തു ഒന്നുകൂടെ ഉറപ്പുവരാനായിട്ട് അത്രയുള്ളൂ അപ്പോ ശ്രവണ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ കേൾക്കും വിദ്യയെ ശ്രവണത്തിനുള്ള പക്വതി ഇല്ലെങ്കിലോ എത്ര ഉയർന്ന ആൾ ഉപദേശിച്ചാലും കേൾക്കില്ല കേൾക്കാൻ പറ്റില്ല കേൾക്കാൻ സാധ്യമല്ല ചിലരൊക്കെ കഥകളി കാണാൻ പോകും കണ്ടിട്ടുണ്ടോ വീട്ടെന്ന് പോകുമ്പോ തന്നെ പായുമൊക്കെ കൊണ്ടുപോകും തുടങ്ങി ആ കർട്ടൻ പിടിച്ച് ചെണ്ട കൂട്ടുമ്പോ തന്നെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കങ്ങട് വീഴും അത് കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചുരുട്ടി വീട്ടിലേക്ക് പോവാ അപ്പൊ അതുപോലെ കേൾക്കാൻ വരും പക്ഷെ കേൾക്കാൻ പറ്റില്ല കേൾക്കാൻ എല്ലാവർക്കും സാധ്യ ഇവിടെ അർജുനന് ശ്രവണ പക്വത വന്നിരിക്കണം ലക്ഷണം എന്താന്ന് വെച്ചാൽ തന്റെ ഉള്ളിലുള്ള കുഴപ്പങ്ങളൊക്കെ അർജുനന് തന്നെ തോന്നി തുടങ്ങി ഇന്നലെ പറഞ്ഞു അർജുനൻ ഭഗവാനേ ഞാനൊരു കൃപണൻ കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢേതാ യേയസ്യശിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തദേഹം ഷാധിമാം ം പ്രപന്ന അർജുനൻ ശരണാഗതി ചെയ്യുന്ന ശ്ലോകം ഗീതയില് ഏറ്റവും പ്രധാനമായ ശ്ലോകങ്ങളിൽ പെട്ട ഒരു ശ്ലോകം ശിഷ്യൻ ശരണാഗതി ചെയ്താലേ ഉപദേശം ഫലിക്കുള്ളൂ എന്നാണ് എന്ന് വെച്ചാൽ ശരണാഗതി ചെയ്യുമ്പോൾ അഹങ്കാരം അടങ്ങി അല്ലാതെ സ്കൂളിൽ പഠിക്കുന്നതോടുകൂടെ ഞാൻ ശമ്പളം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പഠിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതല പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ എന്റെ സ്വാതന്ത്ര്യം ഈ ആറ്റിറ്റ്യൂഡോടുകൂടെ വേദാന്തം പിടികിട്ടില്ല ഈ വിദ്യയ്ക്ക് ഏറ്റവും മുഖ്യം അഹങ്കാരത്തിന്റെ അടക്കമാണ് ആ അടക്കം ഉണ്ടെങ്കിൽ ഉള്ളു തന്നെ ഉപദേശം ഉണ്ടാവും പുറത്ത് ഉപദേഷ്ടാവില്ലെങ്കിൽ പോലും ഇവിടെ അർജുനൻ പ്രപത്തി ചെയ്തു അൺകണ്ടീഷണൽ സറണ്ടർ അപ്പൊ അർജുനൻ പറയണ ശരണാഗതിയുടെ ലക്ഷണം എന്താ സ്വസ്മിൻ ദീനത്വഭാവന രക്ഷകത്വം ചെ ഈശ്വരെ ഗുരൗ താൻ ദീനനാണെന്ന് തോന്നണം തന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് തോന്നണം താൻ ആരെ ആശ്രയിക്കുന്നുവോ ആ ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ രക്ഷിക്കാൻ കരുത്തുള്ള സർവേശ്വരനാണ് ത്രാതാവാണ് എന്നുള്ള വിശ്വാസവും ഉണ്ടാവണം ഇത് രണ്ടും അർജുനനിൽ ഒത്തുചേർത്തു അർജുനൻ പറയണത് കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ തന്റെ സ്വഭാവം എന്താ സ്വഭാവം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ബ്രഹ്മാണം സ്വരൂപം നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് അത് ശാശ്വതമായതാണ് അതീവ ശുദ്ധമാണ് ജ്ഞാനമേ സ്വരൂപത്തോടുകൂടിയതാണ് സ്വതന്ത്രമാണ് ആത്മാവിന് ബന്ധമില്ല അത് നിത്യമുക്തമാണ് പക്ഷേ അങ്ങനെയുള്ള സ്വഭാവം കാർപ്പണ്യദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ കാർപ്പണ്യദോഷം എന്ന് വെച്ചാൽ കൃപണന്റെ ദോഷം കൃപണതാഭാവം എന്നർത്ഥം കൃപണത എന്ന് വെച്ചാൽ പെറ്റിനസ് നാരോ മൈൻഡ്നെസ് നമുക്ക് പറയാം ചുരുങ്ങി ചുരുങ്ങി വരിക ഞാൻ ശരീരമാണ് ഈ ശരീരം മാത്രമാണ് ഞാൻ ഈ ശരീര സംബന്ധമായ വസ്തുക്കൾ മാത്രം എനിക്ക് സ്വന്തം അവിടെ നിന്നു നിലച്ചു കോൺക്രീറ്റൈസ്ഡായി മനസ്സ് മനസ്സ് വളരെ സ്ഥൂലവും ജഡവുമായി തീർന്നു അങ്ങനെയുള്ള ആളെയാണ് കൃപണൻ എന്നുപനിഷത്ത് പറയുന്നത് അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് കാരണം അയാളുടെ കണക്ക് ആദ്യത്തെ സ്റ്റെപ്പിലെ തെറ്റി ദാൻ ഈ അഹങ്കാരമാണ് ജീവനാണെന്ന് ധരിച്ചതിലെ മൂലാവിദ്യ ലളിതാസഹസ്രനാമത്തിലൊരു നാമമുണ്ട് മൂലാവിദ്യ ആ മൂലാവിദ്യ ആദ്യത്തെ അവിദ്യ പ്രൈമൽ ഇഗ്നറൻസ് അവിടെ തന്നെ കണക്ക് പഴച്ച ആളാണ് കൃപണൻ അപ്പൊ അർജുനൻ പറയണു ഭഗവാനെ എനിക്ക് അജ്ഞാനം ബാധിച്ചിരിക്കണു ഉള്ളിൽ എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ല ധർമ്മസമ്മൂഢചേതാ ധർമ്മത്തിനെ അറിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല മഹാഭാരതത്തില് ധർമ്മത്തിനെ പറയാനാണ് ആരംഭിച്ചത് വ്യാസൻ പക്ഷേ പേജിന് പേജിന് ചർച്ചയാണ് ധർമ്മം എന്താന്നുള്ളതിനെക്കുറിച്ച് ഒരാളും നിരൂപണം ചെയ്യാൻ വയ്യ യക്ഷപ്രശ്നത്തില് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിച്ചു എന്താണ് വഴി ധർമ്മത്തിനെ കണ്ടുപിടിക്കാൻ എന്ന് ചോദിച്ചു അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു തർക്കോ അപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്നാഹം നൈകോ ഋഷിർ യസ്യ മതം പ്രമാണം ധർമ്മ തത്വം നിഹിതം ഗുഹായം മഹാജനോസപന്ധ ധർമ്മത്തിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല യുക്തിചിന്ത കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ തർക്കോ അപ്രതിഷ്ഠ ആചാര്യസ്വാമികൾ തന്നെ പറയുന്നു ഒരാൾ തർക്കിച്ചൊന്ന് സ്ഥാപിച്ചാൽ അതിനേക്കാളും ബുദ്ധി ആൾ വന്നാൽ ഇതൊക്കെ തെറ്റാണെന്ന് കാണിക്കും അയാൾ പറയണതാണ് ശരിയും തോന്നും അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് സ്ഥാപിച്ചാൽ വേറെ ഒരാൾ വന്ന് അതിനെയും തർക്കത്തിന് പ്രതിഷ്ഠയില്ല കേവലസ്യ തർക്ക വിപ്രലംഭകത്വം എന്നാണ് ആചാര്യസ്വാമികളുടെ വാക്ക് കേവലമായ തർക്കം ശ്രുതിയെ ആശ്രയിക്കാത്ത തർക്കം വേദത്തിനെ ആശ്രയിക്കാത്ത തർക്കം ചതിക്കും അതിൽ ചതിക്കുഴിയുണ്ടെന്ന് അപ്പോ തർക്കത്തിന് പ്രതിഷ്ഠയില്ല എന്നാൽ പിന്നെ വേദത്തിലുള്ള ഓരോ ഭാഗത്തിനെ ആശ്രയിക്കാമെന്ന് വെച്ചാലോ അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ വേദം ഒരിടത്ത് കർമ്മത്തിനെ പറയുന്നു ഒരിടത്ത് ജ്ഞാനത്തിനെ പറയുന്നു ഒരിടത്ത് സ്വർഗപ്രാപ്തിയെ പറയുന്നു ശ്രുതയോ വിഭിന്ന എന്നാൽ ഏതെങ്കിലും ഒരാചാര്യനെ ഫോളോ ചെയ്താലോ കൊള്ളാം പക്ഷെ വേറെ ഒരു ആചാര്യനും ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നൈകോ ഋഷിർ യസ്യ മതം പ്രമാണം ഒരാളുടെ ഋഷിയുടെ പ്രമാണം മതം പ്രമാണമാണെന്ന് പറയാൻ വയ്യ പിന്നെ ധർമ്മം എങ്ങനെ കണ്ടുപിടിക്കും നിഹിതം ഗുഹായാം ഓരോരുത്തന്റെയും ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ആ ധർമ്മത്തിന്റെ സീക്രട്ട് അവന്റെ ഹൃദയമാവുന്ന ഗുഹയിൽ തന്നെ സർവേശ്വരം വെച്ചിട്ടുണ്ട് അത് വേറെ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രാമായണത്തില് ശ്രീരാമചന്ദ്രൻ ബാലിയെ കൊന്നു ഒരധ്യായം മുഴുവൻ ബാലി രാമനെ ചീത്ത വിളിക്കണം ആത്മീകി രാമായണത്തിൽ ഈ ചീത്തയൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ പറയണത് ഹേ വാനര തന്നെ വധിച്ചതിൽ എനിക്ക് ഒരു കുറ്റബോധവും തോന്നണില്ല ധർമ്മം എന്താണ് എന്നുള്ളത് പുറത്തുനോക്കി പറയാൻ പറ്റില്ല ധർമ്മത്തിന്റെ പ്രമാണം പുസ്തകമല്ല ധർമ്മത്തിന്റെ ജ്ഞാനികളുടെ ധർമ്മത്തിന്റെ പ്രമാണം അവരുടെ ഹൃദയമാണ് സൂക്ഷ്മ പരമദുജ്ഞേയ സതാം ധർമ്മപ്ലവംഗമാണ് ഹൃദിസ്ഥ സർവഭൂതാനാം ആത്മാവേദ ശുഭാശുഭം ഹൃദയത്തിലുള്ള ആത്മാവിനറിയാം ഏത് ശുഭം ഏത് അശുഭം ഏത് ചെയ്യണം ഏത് ചെയ്യേണ്ട ആത്മാവിനെ കണ്ടെത്തിയാൽ അവൻ ചെയ്യണതൊക്കെ ധർമ്മമായിരിക്കും ആത്മാവിനെ കണ്ടെത്താത്തവന് ഓരോ സ്റ്റെപ്പിലും ധർമ്മസങ്കടം ഏർപ്പെട്ടുകൊണ്ടിരിക്കും ഏതാ ധർമ്മം എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സ്വരൂപത്തിനെ കണ്ടെത്തിയ ആൾക്ക് സഹജമായിട്ട് നിസർഗമായിട്ട് ധർമ്മം നടക്കും അല്ലാതെ ധർമ്മം ഇപ്പൊ കൃഷ്ണൻ അർജുനനോട് പറയുന്നു കൊല് എന്ന് പറയുന്നത് യുദ്ധസ്വ എന്ന് പറയണം പുസ്തകം എടുത്തു നോക്കിയാൽ ഹിംസിയാതെന്ന് കാണും ആരെയും ഹിംസിക്കരുത് എന്ന് കാണും എന്തു ചെയ്യും അപ്പൊ ഭഗവാൻ പറയുന്നത് പുസ്തകം നോക്കണ്ട തന്നെ പടച്ചിരിക്കണ ശക്തി തന്റെ ഉള്ളിൽ ഒരു പ്രകൃതിയെ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രകൃതി അതായത് വാസന അത് മുഴുവൻ ഒഴിഞ്ഞു പോയാലേ തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ അത് ഒഴിഞ്ഞു പോവാനായിട്ട് മുക്തിയെ മുൻനിർത്തി നിഷ്കാമ്യമായിട്ട് ആ ശരീരത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ധർമ്മം അപ്പൊ അവനവന്റെ ധർമ്മം കണ്ടെത്തുക എന്നുള്ളത് ആദ്യം എന്തു വേണം ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന് അറിയണം എന്നിട്ട് അവനവന്റെ വാസനകളെ ഒഴിച്ചു മാറ്റാനായിട്ട് പ്രവൃത്തി മണ്ഡലത്തിൽ നിഷ്കാമ്യമായിട്ട് പ്രവർത്തിക്കണം എന്നാൽ ധർമ്മമായി അവനവന് എന്ത് പ്രവൃത്തിയോ അത് പ്രവൃത്തിയോ ഉപേക്ഷിക്കാൻ പാടില്ല ഏത് പ്രവൃത്തിയോ പാട്ടുപാടിനോ മെഷീനെ കൊണ്ടുപോയിട്ട് ഗ്രൈൻഡർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഗ്രൈൻഡറിനെ കൊണ്ടുപോയി കാസറ്റ് വെച്ചിട്ട് ഓൺ ചെയ്താൽ ശരിയാവോ പാട്ടുപാടുവോ ഇപ്പൊ അർജുനനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ യുദ്ധം ചെയ്യാനായിട്ടാണ് ആ അർജുനൻ കൊണ്ടുപോയി സന്യാസിയാക്കിയാൽ ശരിയാവില്ല അതിനു മുമ്പ് സന്യാസി വേഷം കെട്ടിയതാണ് തിരിച്ചു വരുമ്പോ സുഭദ്രയും കൂട്ടിക്കൊണ്ടുപോന്നു അല്ലെ അപ്പോ ശരിയാവില്ല എന്ന് ഭഗവാൻ അറിയാം അപ്പൊ ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയണത് കാർപ്പണ്യദോഷ ഉപഹതസ്വഭാവ ഭഗവാനെ മേഘം സൂര്യനെ മറയ്ക്കണ പോലെ കാർപ്പണ്യദോഷം എന്റെ സ്വഭാവത്തിനെ എന്റെ റിയൽ നേച്ചർ എന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ മറച്ചിരിക്കുന്നു എനിക്ക് ധർമ്മം എന്താന്ന് അറിയണില്ല ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അറിയണില്ല ഞാൻ എന്ത് ചെയ്യണം ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു ഭക്തൻ ചോദിച്ചു ഇതേമാതിരി ചോദ്യം ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയണില്ല ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അറിയണില്ല മഹർഷി ഇങ്ങനെ ആണ് ആൻസർ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ മഹർഷി പറഞ്ഞു ഈ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് അറിയാ അറിയില്ല എന്ന് പറയണ ഈ ഞാനുണ്ടല്ലോ ആ ഞാൻ ആരാണ് അന്വേഷിച്ച് അറിഞ്ഞാൽ താങ്കളിലൂടെ എന്തൊക്കെ നടക്കണമോ അതൊക്കെ തനിയും നടക്കും ഈ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല യു വിൽ ബിക്കം എ സിംപിൾ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ദാറ്റ് യൂണിവേഴ്സൽ ഫോഴ്സ് ഇറ്റ് വിൽ വർക്ക് ത്രൂ യു ഇറ്റ് വിൽ മേക്ക് യു അവിടെ ഒരു അഹങ്കാരം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമേ ഉണ്ടാവില്ല ഞാൻ ചെയ്യണില്ല എന്നുള്ള ഭാവവും ഉണ്ടാവില്ല രണ്ടും ഉണ്ടാവില്ല ഞാൻ ചെയ്യണില്ല ഞാൻ ചെയ്യണമെന്നോ ഭാവം രണ്ടും പോയി യന്ത്രം പോലെ ഈ ശരീരത്തിലൂടെ ആ മഹാശക്തി പ്രവർത്തിക്കും ഇതാണ് ഞാനുകളുടെ സ്ഥിതി ഇപ്പൊ അർജുനനും ഇവിടെ ചോദിക്കുന്നത് ധർമ്മസമ്മൂഢചേതാഹ ധർമ്മത്തിനെ അറിയാത്ത മൂഢചിത്തനായിരിക്കുന്നു നമുക്കൊക്കെ ആചാര്യന്മാര് വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു പേരാണ് മൂഢമതേ അത് കുറ്റമർന്നതോ ചീത്ത വിളിച്ചതോ അല്ല മൂഢമതി എന്ന് വെച്ചാൽ ബുദ്ധിയിൽ മാന്ദ്യം ബാധിച്ചിരിക്കണത് അർത്ഥം മോഹം ബാധിച്ചിരിക്കുന്നവൻ മൂഢമതി മൂഢത എന്ന് വെച്ചാൽ ജഡത്തിനെ ഉണ്മയെന്ന് കരുതുന്ന അവസ്ഥ അർത്ഥം അത്രയുള്ളൂ അപ്പോ ധർമ്മസമ്മൂഢേതാ ശ്രേയസം ബ്രൂഹിതന്മേ ഭഗവാനെ ശ്രേയസ് എന്താന്ന് കാണിച്ചു തരുമോ ഒരാളുടെ മുമ്പിൽ ശ്രേയസും പ്രേയസും വരുമോ കഠോപനിഷത്ത് പറയുന്നു ശ്രേയശ്ച പ്രേയനുഷ്യമേതമ്പരീത്യ വിഭിനക്തിധീര തയോ ശ്രേയ ആദദാന സാധുഭവതി ഹിയതേ അർത്ഥാദ്യ ശ്രേയശ്ശ പ്രേയേയസ് എന്ന് വെച്ചാൽ കുറച്ച് വശമായിരിക്കും എന്നാൽ പതുക്കി ജീവനെ ശുദ്ധമാക്കി ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകും അത് ശ്രേയോമാർഗം പ്രേയോ മാർഗം കാണുമ്പോൾ നല്ല ഗ്ലെയറിങ് ആയിട്ടിരിക്കും ഗ്ലാമറസ് ആയിട്ടിരിക്കും അങ്ങോട്ട് പോണംന്ന് തോന്നും ഇത് രണ്ടും വിവേചനം ചെയ്തിട്ട് അറിവുള്ളവൻ ഈ മാർഗത്തിൽ പോകും അറിവില്ലാത്തവൻ ആ മാർഗത്തിൽ പോകും ഇത് രണ്ടും മുമ്പിൽ വരും എന്നാണ് ഈയിടെ ഒരു നല്ല മനോഹരമായ ഒരു കഥ കേട്ടു ഒരാൾ മരിച്ചിട്ട് പോയി എത്രയും മരിച്ചു കഴിഞ്ഞ അയാളുടെ മുമ്പിൽ ഒരു ലോകം ഒരു റോഡ് വന്നു ആ റോഡിൽ ഈ ജീവൻ പോയി പോകുമ്പോൾ ഒരിടത്ത് വരുമ്പോൾ രണ്ട് ഡൈവേർഷൻ ഒരു വശത്തേക്കൊരു റോഡ് ഇങ്ങനെ ഒരു റോഡ് അപ്പോ ഏത് വഴിക്കാ പോകേണ്ടതെന്ന് അറിഞ്ഞില്ല ഒന്ന് നരകത്തിലേക്ക് വേണോ ഒന്ന് ആരോ പറഞ്ഞു അപ്പൊ ഇയാള് നല്ല ഹൈവേ റോഡ് മാതിരിയുള്ള റോഡ് ആ റോഡിലൂടെ കുറച്ചു ദൂരം പോയി ഇതായിരിക്കും സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് പോയപ്പോ വേ ടു നരകം എന്നിട്ടിരിക്കണോത്ര അവിടെ പോയിന്റ് നരകത്തിലേക്കുള്ള വഴി ഇയാൾക്ക് ആകപ്പാടെ വിഷമായി ഇനി തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല മറ്റേ റോഡ് ഇയാൾ കണ്ടതാ അത് കുണ്ടും കുഴിയുമായിട്ട് പോണ വഴിയൊക്കെ ഇരുട്ട് നേരെ ചൊവ്വ ലൈറ്റൊന്നുമില്ല അപ്പോ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചു എന്താ അപ്പോ ഈ ആ റോഡ് സ്വർഗത്തിലേക്ക് പോണ റോഡാണ് നിശ്ചയം അതെന്താ ഇത്ര കുണ്ടും കുഴിയും ഇരുട്ടും വെളിച്ചമൊന്നും ഇല്ലാതെയൊക്കെ ആയിട്ട് റോഡൊക്കെ മോശമായി കിടക്കണു ഈ നരകത്തിലേക്ക് പോണ റോഡ് ഇത്ര സുന്ദരമാക്കി വെച്ചിരിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു അത്ര ഇവിടെ ഹെവി ട്രാഫിക് ആണ് വലിയ വലിയ ആളുകളും രാജ്യം ഭരിക്കണവരും ഒക്കെ ഈ വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് എപ്പോഴും മെയിന്റൈൻ ചെയ്തുകൊണ്ടിരിക്കും ആ വഴിക്ക് എപ്പോഴെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കയറിപ്പോകുക എന്നുള്ളതൊന്നും അതുകൊണ്ട് അത്രയൊന്നും അത് മെയിന്റനൻസ് ഇല്ല അത്രയും ശ്രേയോമാർഗവും പ്രയോമാർഗവും രണ്ടും രണ്ടും റോഡ് മുമ്പിൽ വരും അറിവില്ലാത്തവൻ എപ്പോഴും കാണുമ്പോ ഏത് പിടിച്ചു അതാണ് അല്ലേ ഇന്ദ്രിയങ്ങളാണല്ലോ ഗൈഡ് അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിച്ച വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകും ഗ്ലാമറസ് ആയിട്ടുള്ള വഴിയിലേക്ക് കയറിപ്പോകും അപ്പൊ ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ഭഗവാനെ എനിക്ക് ശ്രേയസ് എന്താന്ന് അറിയില്ല യേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മ എനിക്കത് നിശ്ചയമായിട്ട് എനിക്ക് പറഞ്ഞു തരുമോ യു ഹാവ് ടു ഗൈഡ് മീ എന്നെ വഴി കാണിച്ച് എന്നെ രക്ഷിക്കണം ത്വാം പ്രപന്നം ഏറ്റവും പ്രധാനമായ ഘട്ടം ഭഗവാന്റെ കാല് പിടിച്ചു അർജുനൻ ഇത്രയും നേരം കൂട്ടുകാരനാണ് ഇത്രയും നേരം കൃഷ്ണൻ സഖാബാണ് ഇപ്പൊ കൃഷ്ണൻ സ്ഥാനം ഉയർന്നു ശിഷ്യസ്തേഹം ത്വാം പ്രപന്നം ഭഗവാനേ അഹം ശിഷ്യഹ ഞാൻ അങ്ങയുടെ ശിഷ്യൻ ശിഷ്യൻ എന്ന് വെച്ചാൽ ശിക്ഷണത്തിന് വഴങ്ങുന്നവൻ എന്നർത്ഥം ശിക്ഷണത്തിന് വഴങ്ങാമെന്ന എന്താ അർത്ഥം പിന്നെ പിന്നെ ഗുരു ജീവിതം മുഴുവൻ ഉപദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ചോദിക്കാൻ പാടില്ല ഞാൻ ശിഷ്യനായി പിന്നെ എന്താ അദ്ദേഹം ഉപദേശിക്കാത്തത് ചോദിക്കാൻ പാടില്ല ആഹാരം തന്നിട്ടില്ലെങ്കിലും ചോദിക്കാൻ പാടില്ല ചീത്ത പറഞ്ഞാൽ കേട്ടോളൂ എന്താന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സറണ്ടർ അല്ലെ ശിഷ്യനും കൂട്ടുകാരനും വളരെ വ്യത്യാസമുണ്ട് ശിഷ്യനായി കഴിഞ്ഞാൽ ഗുരുവിന്റെ ഭാവമേ മാറും പിന്നെ ശിക്ഷണത്തിന് വഴങ്ങി കഴിഞ്ഞാൽ ഡിസൈപ്പിൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷില് ഡിസിപ്ലീൻ എന്നുള്ളത് വരുന്നത് വൺ ഹു ഈസ് റെഡി ടു ബി ഡിസിപ്ലിൻഡ് ഗുരുവിന്റെ ശിക്ഷണത്തിന് വഴങ്ങി കൊടുക്കുന്ന ആളാണ് ആ ശിക്ഷണത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഗുരു ഉപദേശിക്കുകയേ ഇല്ല അങ്ങനത്തെ ശിഷ്യന്മാരുടെ കഥകളൊക്കെ ധാരാളമുണ്ട് ഗുരു ഉപദേശിക്കുകയൊന്നുമില്ല പക്ഷെ ഭക്തിയോടെ ഗുരു ശുശ്രൂഷ ഗുരു എന്ത് ചെയ്താലും ചോദ്യമില്ല എന്നുവെച്ചാൽ ഒരു കാര്യം തീരുമാനിച്ചു എന്നെക്കാളും എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം ഇതാണ് ശരണാഗതിയുടെ ലക്ഷണം അല്ലെങ്കിൽ എല്ലാവരുടെയും ശരണാഗതി അല്ലെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ ജ്ഞാനമാർഗം ഞാൻ ആർക്കും ശരണാഗതി ചെയ്യില്ല ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആര് എന്റെ സ്വരൂപം എന്താന്ന് അന്വേഷിച്ച് ഉള്ളിലുള്ള ഗുരുവിനെ ആശ്രയിച്ചു പോവുക അല്ലെങ്കിലോ അത് സാധ്യമല്ലെങ്കിലോ എന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നെക്കുറിച്ച് എന്നെക്കാളും അറിയുന്ന ആളാണ് ഗുരു അങ്ങനെയുള്ള ഗുരു വേണേ അല്ലെങ്കിൽ ഭാഗവതത്തിൽ മത്സ്യാവതാര സ്തുതിയില് സത്യവ്രതൻ പറയണു അചക്ഷുരന്ധസ് യഥാഗ്രണീഹീകൃത തഥാ ജന അബുധ ജന അഭിതുഷ അബുധോ ഗുരുഹൂ കണ്ണില്ലാത്തവനെ അന്ധേനൈവ നീയമാന യഥാന്ധ കണ്ണില്ലാത്തവര് ഒരു മീറ്റിംഗ് കൂടിയത്ര കുരുടന്മാരൊക്കെ കൂടെ അതിലൊരു കുരുടൻ പ്രസിഡന്റ് പ്രസംഗിച്ചു അന്ധൻ അദ്ദേഹം പറഞ്ഞു ഇത്ര കാലമായി അന്ധന്മാരെയൊക്കെ കണ്ണുള്ളവരാണ് വഴി കാണിച്ചിരുന്നത് കണ്ണുള്ളവർക്ക് കണ്ണില്ലാത്തവരോട് എപ്പോഴും പുച്ഛമാണ് അപ്പൊ കണ്ണില്ലാത്തവർക്ക് കണ്ണുള്ളവർ വഴി കാണിക്കുന്ന ഈ ഒരു എന്താ ഉച്ചനീചഭാപം ഇന്നത്തോടെ അവസാനിപ്പിക്കണം അതുകൊണ്ട് കണ്ണില്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ണിട്ടില്ലാത്തവർക്കേ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ വഴി കാണിക്കും എന്ന് പറഞ്ഞു അത്രേ ലോജിക്ക് നന്നായിട്ടുണ്ടല്ലേ പക്ഷെ എവിടെ പോകും എല്ലാവരും കൂടെ അനർത്ഥമൃചന്തി കുഴിയിൽ ചെന്ന് വീഴും അപ്പോ ഗുരു എന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മളായിട്ട് ഒരാളെ കണ്ടിട്ട് പോയി തെരഞ്ഞുപിടിച്ചാലൊന്നും ശരിയാവില്ല ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമാണ് യൗഗികമാണ് അത് ബൗദ്ധികവുമല്ല ഭൗതികവുമല്ല മാനസികവുമല്ല തികച്ചും യൗഗികമായ ഒരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം അതായത് ഗുരുവിനെ എങ്ങനെ അറിയാം എന്ന് പലരും ചോദിക്കും ഗുരുവിനെ എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യത്തിനെ സ്ഥാനമില്ല നമുക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ ഇത് ഞാനാണ് എന്ന് അറിയണ പോലെ നമ്മളുടെ സദ്ഗുരു നമുക്ക് വിധിച്ചിട്ടുള്ള ഗുരുവിനെ കാണുമ്പോ ഒരു സന്ദേഹത്തിന്റെ കണിക പോലും ഇല്ലാതെ നമുക്കറിയാം അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് വാസ്തവത്തിൽ ഉപദേശത്തിന് ചോദിക്കാൻ പോലും സ്ഥാനമില്ല ഒക്കെ നടക്കും എന്തൊക്കെ കിട്ടണമോ എല്ലാം കിട്ടും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കും ഇത് നമ്മൾ തീരുമാനിച്ച ഒരു മാർഗമല്ല നമ്മൾക്ക് ആ ഒരു ഗുരു വരണം എങ്ങനെ വഴി കാണിക്കണം എവിടെ എത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതിനനുസരിച്ച് ആ മഹാശക്തി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും ഇപ്പൊ അർജുനന് ഭഗവാൻ ഇത്ര കൂടെ ഉണ്ടായിരുന്നു ഭഗവാനിൽ ഗുരുവിനെ കാണാൻ അർജുനന് കണ്ടില്ലേ അല്ലെ അതേ കൃഷ്ണൻ തന്നെയല്ലേ ഇപ്പോഴും ഈ കൃഷ്ണൻ എത്ര വർഷം കൂടെ ഉണ്ടായിരുന്നു കുട്ടിക്കോലം മുതൽ നടന്നതാണ് രണ്ടുപേരും അർജുനൻ തന്നെ പറയണു ഊണ്ുമ്പോഴും ഉറങ്ങുമ്പോഴും തമാശ പറഞ്ഞ് നടക്കുമ്പോഴും നർമാണി ഉദാര രുചിരസ്മിത ശോഭിതാനി ഹേ പാഥ ഹേ അർജുന സഖേ കുരുനന്ദനേത്തി സഞ്ചൽപിതാനി നരദേവഹൃതി സ്പൃശാനി സ്മർത്തുല്ലുഢന്തി ഹൃദയം മമ മാധവസ് ഭാഗവതത്തില് അർജുനും പറയണു തമാശയായിട്ട് ചിരിക്കലും വർത്തമാനം പറയലും കളിക്കലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും കൃഷ്ണനിൽ ഗുരുവിനെ കണ്ടില്ലേ അർജുനൻ പക്ഷേ ഇപ്പൊ യഥാർത്ഥ ദുഃഖഘട്ടം വന്നപ്പോ ഒരു ട്രാൻസ്ഫിഗർമെന്റ് കൃഷ്ണൻ ഉള്ള സ്ഥാനത്ത് അർജുനൻ ഒരു മഹാവൈഭവം കണ്ടു സദ്ഗുരുവിനെ കണ്ടു ഗുരുദർശനം ഉണ്ടായി അപ്പൊ തന്നെ ശരണാഗതി ചെയ്യാണ് ശിഷ്യ സ്തേഹം അഹം തേ ശിഷ്യ ഭഗവാനെ ഞാൻ അവിടുത്തെ ശിഷ്യൻ ഷാധിമാം അനുഷാധിമാം എനിക്ക് വഴി കാണിച്ചതൊരു ്രപന്നം ഞാൻ അങ്ങക്ക് ശരണാഗതി ചെയ്തിരിക്കുന്നു പ്രപന്നം പ്രപത്തി ആണവിടെ പ്രപത്തി എന്ന് വെച്ചാൽ യാതൊന്നും പ്രതീക്ഷിക്കാത്ത ശരണാഗതി ശരണാഗതി ചെയ്ത് കഴിഞ്ഞാൽ ശരണാഗതി ചെയ്തിട്ട് പലതും നടക്കുവോ എന്ന് ചോദിക്കാൻ പാടില്ല വൈഷ്ണവ സമ്പ്രദായത്തിലെ ശരണാഗതി ചിഹ്നമൊക്കെ ഇടും അവര് അവർക്ക് ശരണാഗതി ചെയ്യാന്ന് വെച്ചാൽ ചിഹ്നം ഇടലാണ് ചിഹ്നം ഇട്ടത് കൊണ്ട് ശരണാഗതി ആവില്ല പക്ഷെ ശരണാഗതി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ആ സിമ്പിൾസൊക്കെ ഒരമ്മ വന്നു പറഞ്ഞു കുടുംബത്തിൽ വലിയ വിഷമം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഭഗവാന് ശരണാഗതി ചെയ്യുക അല്ലാതെ എന്താ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ശരണാഗതി ഒക്കെ അന്നേ ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും നടക്കണില്ല അവർ ശരണാഗതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഈ ചിഹ്നമൊക്കെ കിട്ടൂ എന്ന് അർത്ഥം അപ്പൊ ശരണാഗതി ചിഹ്നമിടലോ നമസ്കരിക്കലോ ഒന്നുമല്ല നമ്മുടെ മഹർഷി ഒരാളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മഹർഷിയെ നമസ്കരിക്കും അപ്പൊ മഹർഷി കുറച്ച് കഴിഞ്ഞപ്പോ മഹർഷി പറഞ്ഞു ഇയാൾ വെറുതെ നമസ്കരിക്കുകയാണെ അപ്പൊ മഹർഷി പറഞ്ഞു ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നമസ്കാരം എന്ന് വെച്ചാൽ എന്താ ഒരു എക്സസൈസോ ഇങ്ങനെ വീഴാ എഴുന്നേക്ക അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം യഥാർത്ഥ നമസ്കാരം അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്ത് തന്നെ അടങ്ങുന്നതാണ് നമസ്കാരം അതിന്റെ ഒരു പ്രതീകം മാത്രമാണ് ശരീരം വീഴുന്നത് ശരീരം അഹങ്കാരം ലയിച്ചാൽ ശരീരം വീഴും അതൊരു സ്വാഭാവികമാണ് അല്ലെ മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും നിൽക്കുമ്പോ തന്നെ മരിച്ചാലോ ആള് ശരീരം വീഴും ശരീരത്തിനെ നിർത്തുന്നത് എന്താണ് ഈ ഇൻഡിവിജ്വാലിറ്റിയാണ് പിടിച്ചു നിർത്തുന്നത് ആ ഇൻഡിവിജ്വാലിറ്റി ഉള്ളുന്നു പോയാൽ ശരീരം വീഴും അതാണ് നമ്മള് കംപ്ലീറ്റ് ആയിട്ട് കൈയും കാലും നിവർത്തി വീഴുന്നത് ഞാൻ മരിച്ചിരിക്കണു എന്നാണ് ഈ ശരിക്ക് നമസ്കാരം കൊണ്ട് ഞാൻ മരിച്ചിരിക്കണു ഭഗവാനെ അങ്ങ് മാത്രമേ ഉള്ളൂ ഇനി ഫുൾ കൺട്രോൾ അവിടുത്തെ കയ്യിൽ ഈ ശരീരം അങ്ങയുടെ ഈ മനസ്സ് അങ്ങയുടെ ഈ ബുദ്ധി അങ്ങയുടെ ഈ ഞാൻ തന്നെ അവിടുത്തെ എന്റേതല്ല ഞാൻ എന്റെ അല്ല ഞാൻ തന്നെ അങ്ങയുടെ ആണ് എന്ന് പറഞ്ഞുള്ള അർപ്പണമാണ് വേദകാലത്തൊക്കെ ആഹുതികൾ അർപ്പിക്കുമ്പോൾ ഒരു മന്ത്രം വരും അഗ്നയേ സ്വാ അഗ്നയേ ഇതം നമമാ ഇതെന്റെ അല്ല ഇത് അഗ്നിക്കായിക്കൊണ്ട് അർപ്പിക്കണം ഇതം നമമാ എന്നുള്ളത് നമസ്കാരം എന്ന് വന്നത് നമമാ ഇതെന്റെ അല്ല ഇതൊക്കെ അർപ്പിക്കണം ആ അർപ്പണഭാവം ശരണാഗതി ആ ശരണാഗതി അങ്ങനെയൊന്നും എളുപ്പത്തിൽ വരില്ല ശരണാഗതി വരണമെങ്കിൽ ഒന്നാമത് ഒന്നും കഴിയില്ല സാധിക്കില്ല ഫുൾ കൺവിക്ഷൻ ആയിട്ട് വരണം അത് എപ്പോൾ വരും മാക്സിമം പരിശ്രമിച്ചിട്ടേ വരുള്ളൂ അതിനു മുമ്പൊന്നും വരില്ല എത്ര ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാലും വരില്ല മാക്സിമം പെടഞ്ഞു കഴിഞ്ഞിട്ടേ അവസാനം വിടുള്ളൂ അതിനു മുമ്പ് വിടില്ല അതിനു മുമ്പ് അതുകൊണ്ട് ആളുകൾക്ക് ശരണാഗതി എളുപ്പമല്ല ഒരാള് പരമനാസ്തികനായിട്ട് ഇരുന്ന ആള് ഒരിക്കല് ഒരു മല കയറാൻ പോയി മല കയറാൻ പോയ സ്ഥാനത്ത് ഇയാൾക്ക് കുറ്റി അടിച്ചടിച്ചടിച്ച മുകളിലേക്ക് കയറാം ഇടുപ്പിൽ കയറ് കെട്ടിയിട്ടുണ്ട് പതുക്കെ മേലെ കയറി ഒരു ഹൈറ്റിലെത്തിയപ്പോ അവിടുന്ന് കാല് തെറ്റി ചുവട്ടിൽ വീണു കൈ വിട്ട് കഴിഞ്ഞാൽ അഗാധമായ കൊക്കയിൽ വീഴും പിടിച്ചിരിക്കുന്നത് ഈ കയറിൽ മുകളിലേക്ക് നോക്കുമ്പോൾ ആ കയറിനെ ഒരു എലി കരണ്ടുകൊണ്ടേയിരിക്കണം ഇനി കുറച്ച് നേരമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ചുവട്ടിൽ അഗാധമായ കുഴി വീണാൽ കഴിഞ്ഞു ആ ഘട്ടത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു അത്രേ ഭഗവാനെ എന്നെ രക്ഷിക്കണം ഞാൻ ഇനി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജീവിതമൊക്കെ അങ്ങയ്ക്കാണെന്നൊക്കെ പറഞ്ഞു അപ്പോ ഒരു അശരീരി കെട്ടത്ര തന്നെ ഞാൻ രക്ഷിക്കാം ആ കയറിലുള്ള പിടി വിടൂ പൂർണ്ണമായി ആ കയർ കെട്ടൊക്കെ അയച്ച് പിടി വിടൂ തന്നെ ഞാൻ രക്ഷിക്കാം എലി കരണ്ടുകൊണ്ടിരിക്കണ കയറാ എപ്പോ വേണമെങ്കിൽ പൊട്ടാവുന്നതാണ് വിടൂ എന്ന് പറഞ്ഞപ്പോ ആ വേല കയ്യിലിരിക്കട്ടെ ഇത് വിട്ടാ താങ്കൾ രക്ഷിക്കുന്ന എന്താ ഉറപ്പ് കുറച്ചു നേരത്തിൽ അത് പൊട്ടി ചുവട്ടിൽ വീണു കഴിഞ്ഞു ഈ ജീവൻ വിശ്വാസമില്ലാത്തവനുമാണ് അജ്ഞാനിയുമാണ് നമ്മുടെ ആയുസ് എലി കരണ്ടുകൊണ്ടേ കാലമാവുന്ന എലി കരണ്ടുകൊണ്ടേ ഇരിക്കണം ഇങ്ങോട്ട് മരണം മേലേക്ക് കയറാൻ പറ്റില്ല കഴിഞ്ഞു പോയതൊക്കെ പോയി മരണം ഇങ്ങോട്ടും നിൽക്കണു അതിന്റെ നടുവിലാണ് ശരണാഗതിക്കൊരു ചാൻസ് നമുക്ക് പൂർണ്ണമായിട്ട് ഭഗവാനെ വിട്ടുകൊടുക്കാം പക്ഷെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല ആളുകള് ഒരു ചൊല്ല് പ്രസിദ്ധമായ ഒരു ചൊല്ല് ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് താൻ പാതി ദൈവം പാതി താൻ ഉള്ളത്തോളം ദൈവത്തിന്റെ പാതി വരികയില്ല താൻ എത്ര കാലമുണ്ടോ ഒന്നിൽ താൻ മാക്സിമം പ്രവർത്തിക്കണം ദൈവത്തിന്റെ പാതിന്നൊന്നും മിണ്ടാനേ പാടില്ല ഉദ്ധരേത് ആത്മാനാത്മാനം രണ്ട് ശ്ലോകം ഭഗവാൻ പറഞ്ഞു രണ്ട് സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ ഭഗവാൻ പറഞ്ഞു അർജുന ഈശ്വരൻ ഒന്നും മിണ്ടിപ്പോവരുത് ഉദ്ധരേത് ആത്മാനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവരിപുരാത്മന തനിക്ക് ശത്രുവും ബന്ധുവൊക്കെ താൻ തന്നെ പിടിച്ചുയർത്തു തനിക്ക് പുറത്തൊരു ഈശ്വരൻ ഒന്നും തന്നെ വന്ന് സഹായിക്കില്ല താൻ തന്നെ തന്നെ സഹായിക്കണം പിടിച്ചുയർത്തൂന്നു അതൊരു അവസ്ഥയിൽ മാക്സിമം പരിശ്രമിച്ച് പെടഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോ സർവധർമാൻ പരിത്യജ്യം ആമേകം ശരണം പ്രജ അപ്പൊ പറഞ്ഞാലേ എഫക്റ്റ് ആവുള്ളൂ ഈ അഹങ്കാരത്തിന് അത്ര പെട്ടെന്നൊന്നും ബോധ്യം വരില്ല തന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന ആളുകൾ വെറുതെ ശരണാഗതിയൊക്കെ പറയേ നമ്മളെ കൊണ്ട് എന്ത് കഴിയും ഇല്ല ഈശ്വരനാണോ എന്ന് പറയും എന്നാ വിട്ടുകൊടുക്കുകയോ സാധ്യമല്ല അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും സാധ്യമല്ല വിട്ടുകൊടുക്കാനൊന്നും ആളുകൾ തയ്യാറല്ല പറ്റില്ല തയ്യാറല്ല എന്ന് വെച്ചാൽ പറ്റില്ല ഈ ഉള്ളിലുള്ള അഹന്തയ്ക്ക് ഇനിയും ബോധ്യം വന്നിട്ടില്ല തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അതിന് എപ്പോ ബോധ്യം വരും മാക്സിമം പരിശ്രമം കഴിഞ്ഞാൽ ബോധ്യം വരും അപ്പോ ഈ താൻ പാതി ഉണ്ടല്ലോ അത് അവസാനിക്കും അത് അവസാനിച്ചാൽ ദൈവത്തിന്റെ പാതി വരും ഈടെ ആരോ പറഞ്ഞു ഒരു കുട്ടി സ്കൂൾ കുട്ടി പറഞ്ഞു അത്രേ പഠിക്കാതിരിക്കുക പരീക്ഷയ്ക്ക് അപ്പൊ അമ്മ പറഞ്ഞു എന്താ കുട്ടി പഠിക്കാതിരിക്കണം താൻ പാതി ദൈവം പാതി എന്നല്ലേ പറഞ്ഞു ദൈവത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് മതി എന്നാണ് ജയിക്കാൻ എന്റെ ഇല്ലെങ്കിലും വേണ്ടില്ല ഇങ്ങനെയൊക്കെ നമ്മള് ഓരോ എക്സ്ക്യൂസസ് അല്ലെങ്കിൽ എന്താ പറയുക ഇന്റർപ്രിട്ടേഷൻസ് വ്യാഖ്യാനങ്ങൾ നമ്മളുടേതായിട്ട് കൊണ്ടുവരും ബുദ്ധിയുടെയും മനസ്സിലും കുടുങ്ങിയിട്ട് അതുകൊണ്ട് ഈ ശരണാഗതി വളരെ നിഗൂഢമായ തത്വമാണ് ശരണാഗതി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ശരണാഗതി ഒരിക്കലേ ചെയ്യുള്ളൂ ശരിക്കും ശരണാഗതി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു രാശ്യം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ശരണാഗതി ചെയ്താൽ പിന്നെ ഈ ജീവൻ ഇല്ല ഈശ്വരനെ ഉള്ളു അവിടെ ശരണാഗതി ചെയ്തവൻ അവിടെ നിൽക്കില്ല ഞാൻ ശരണാഗതി ചെയ്തു എന്ന് പറയാൻ ഒരാൾ അവിടെ ഉണ്ടാവില്ല ശരണാഗതി ചെയ്ത ആളെ ഭഗവാൻ പിടിച്ചു വിഴുങ്ങിക്കളയും ഇന്ന് രാവിലെ സന്ദർശനത്തിൽ അതാണ് കണ്ടത് രണ്ടാമത്തെ ശ്ലോകം മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹമ്മതിർ മൃത്യുമുപൈതി പൂർവം അധസ്വഭാവാൃതേഷു തേശു കഥം പുനർ മൃത്യുധിയോവകാശ മൃത്യുഞ്ജയനെ ശരണ മരണഭയത്തോടുകൂടെ ചെന്ന് ശരണാഗതി ചെയ്യുന്ന ആളെ മൃത്യുജയൻ എന്ത് ചെയ്യണു എടുത്തു വിഴുങ്ങിക്കളയുന്നു അയാളുടെ അഹങ്കാരം അപ്പത്തന്നെ മരിച്ചു പോകുന്നു പിന്നെ അയാൾ സദാ അമൃതനാണ് മരണമില്ലാത്തവനാണ് അപ്പൊ ശരണാഗതി എന്ന് വെച്ചാൽ ഇൻസ്റ്റാൻറ്റിയസ് റിയലൈസേഷനാണ് സാക്ഷാത്കാരമാണ് ശരണാഗതി ചെയ്യുമ്പോ ജീവന്റെ ശക്തി കൊണ്ടല്ല ശരണാഗതി നടക്കുന്നത് ജീവൻ സർവേശ്വരന്റെ മഹാസന്നിധിയില് ല്ലാതെ അഗ്നിയുടെ മുമ്പ് മെഴുകു ഉരുകി പോകുന്ന പോലെ ഉരുകിയില്ലാതാവുന്ന ഒരു പ്രക്രിയയെ പുറമേ നിന്ന് നോക്കിയിട്ട് ആളുകൾ പറയണു അയാള് ശരണാഗതി ചെയ്തു അല്ലാതെ അയാള് ശരണാഗതി ചെയ്ത് മെഴുകു ഒരുകിയതാണോ മെഴുകിന്റെ കഴിവൊന്നുമില്ല ഒരുകിയതിൽ മെഴുക് ആ അഗ്നിയുടെ അടുത്ത് പോയപ്പോ അഗ്നിയുടെ ചൂട് കൊണ്ട് മെഴുകിന് ഉരുകാതിരിക്കാൻ പറ്റില്ല അഗ്നിയുടെ ചൂട് കൊണ്ട് മെഴുകിന് ഉരുക ഉരുകാതിരിക്കാൻ സാധ്യമല്ല അല്ലേ അതുപോലെ ആ മഹാസന്നിധി വിശേഷത്തിൽ ഈ ജീവന അഹങ്കാരം നശിക്കാതിരിക്കാൻ സാധ്യമല്ല വേണമെന്ന് വിചാരിച്ചാൽ പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല അങ്ങനെ ആ സന്നിധി ജ്വലിക്കുന്നു ആ സന്നിധിയുടെ ബലം അറിയണമെങ്കിൽ ഈ ജീവൻ ഒരു പക്വത വേണം തപസ് വേണം ജീവന്റെ തപസ് എന്താ പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഈ അഹങ്കാരത്തിന്റെ മൊന പൊട്ടണം അതാണ് തപസ് ഈ മൊനമ്പ് പൊട്ടുക ബലം കുറയുക ദുഃഖം അനുഭവിച്ച് ദുഃഖം അനുഭവിച്ച് പക്വപ്പെടും ജീവൻ കുറെ ദുഃഖം അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് സ്വർണവദ്യോതത്തെ സ്വയം സ്വർണം പോലെ പ്രകാശിക്കാം ഈ ജീവൻ അങ്ങനെ സ്വർണം പോലെ പ്രകാശിക്കുമ്പോ ഈ ജീവന് ശരണാഗതി ചെയ്യാനുള്ള പക്വതയുണ്ടാകും നമുക്ക് തന്നെ ആളുകളിൽ തന്നെ ഈ രണ്ട് ടൈപ്പ് കാണാം ചിലര് കുറേ ദുഃഖം അനുഭവിച്ചിട്ടും പല വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ സത്സംഗത്തിന് ബലം കൊണ്ടും ഉള്ളിൽ നല്ല ഒരു പരിപാകത വന്നിട്ട് വളരെ അടങ്ങിയിരിക്കും അടക്കമുണ്ടാവുന്നവർക്ക് എന്നുവെച്ചാൽ വെപ്പറാളമൊന്നും ഉണ്ടാവില്ല വൈഷമ്യങ്ങളൊന്നും അവരിൽ ഉണ്ടാവില്ല അവർക്ക് സ്വയമേ ഒരു പീസ്ഫുൾ ഒരു പ്രസൻസ് ഉണ്ടാവും മറ്റേത് ഈ പ്രാബലമായ കർത്തൃത്വ ബുദ്ധി ഉള്ളപ്പോ അടക്കം ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല തൃപ്തി ഉണ്ടാവില്ല പെടഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന് രണ്ടിനും കാരണം ഈ ജീവന്റെ പക്വത എങ്ങനെ വരുന്നു ദുഃഖം അനുഭവിക്കുന്നു വിഷമങ്ങൾ അനുഭവിക്കും അതുകൊണ്ട് ദുഃഖത്തിനെ വെറുക്കുകയായിരുന്നു ദുഃഖം വരുമ്പോ ഞാൻ ഇത്രയധികം ഭഗവാനെ ഭജിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ദുഃഖം വരണു എനിക്കെന്തുകൊണ്ട് വിഷാദം വരുന്നു ഞാൻ ഇത്രയധികം ജപിച്ചു അമ്പലത്തിന് പോയി എന്നിട്ട് എന്തിന് എനിക്ക് വിഷാദം വരണു വിഷമം വരുന്നു ചോദിക്കാൻ പാടില്ല അമ്പലത്തിൽ പോയോ ഭഗവാൻ ആദ്യം പ്രസാദമായിട്ട് തരുന്നത് വിഷാദമാണ് വിഷാദമേ തരുള്ളൂ ദുഃഖം തരും ദുഃഖം എന്തിനു തരണെന്ന് വെച്ചാൽ ഈ ജീവനെ പക്വപ്പെടുത്താനായിട്ട് ദുഃഖം കൊണ്ട് ഈ ജീവൻ പരിപാകപ്പെടും നമ്മൾ തപസ് ചെയ്തിട്ട് വാസനാക്ഷയം ഉണ്ടാക്കുക ഒന്നും സാധ്യമല്ല പക്ഷെ ഭഗവാനായിട്ട് നമുക്കൊരു തപസ് തരും തപസ്സെന്ന് വെച്ചാൽ ചൂട് ആ ചൂടെന്താണ് ഈ ജീവന്റെ താപം അല്ലെ ഉള്ളിൽ കിടന്ന് പെടയ Param അതുകൊണ്ടാണ് അർജുനനെ പരം തപാ എന്ന് ഭഗവാൻ വിളിച്ചത് പരമമായ തപസ്സ് ചെയ്തം എത്ര വിഷമിച്ചു അവരല്ലേ പതിനാല് വർഷം കാട്ടിലും മേട്ടിലും അലഞ്ഞു അനേക ദുഃഖങ്ങൾ സഹിച്ചു അർജുനനെ പോലെ വീരനായ ഒരാളായിരുന്നിട്ടും പിടിച്ചു നിന്നു എത്രയോ വിഷമങ്ങൾ ഉള്ളിലടക്കി അടങ്ങിയിരുന്നു ഇത്രയൊക്കെ തപസ് ചെയ്തതിന്റെ ഫലം എന്താ ഇതാ വാസുദേവന്റെ മുമ്പിൽ നിന്നിട്ട് ഷാതിമാം ത്വാം പ്രപന്നം എന്ന് പറയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തുല്യരായിട്ടുള്ളവര് മറ്റൊരാൾക്ക് അടങ്ങോ അടങ്ങോ ആ അടക്കം വരണമെങ്കിൽ എത്ര റീഫൈൻഡ് ആയിരിക്കണം എത്ര സംസ്കൃത ചിത്തനായിരിക്കണം അല്ലെങ്കിൽ അടങ്ങാൻ പറ്റുമോ തുല്യ സ്ഥിതിയിലുള്ളവര് അടങ്ങുകയില്ല കൂട്ടുകാരായിട്ടുള്ളവർ അടങ്ങുകയില്ല എന്തൊക്കെ തന്നെ പറഞ്ഞാലും കൂട്ടുകാരൻ കൂട്ടുകാരെന്നുള്ള ഭാവമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളപ്പോ ഇവിടെ ഷാധിമാം ത്വാം പ്രപന്നം ഭഗവാനെ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയ്ക്ക് അടങ്ങിയവനാണ് എന്നെ ഷാധിമാം എനിക്ക് ഉപദേശം ചെയ്ത് എന്നെ രക്ഷിക്കൂ ഞാൻ അങ്ങേക്ക് പ്രപന്നനാണ് എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്തു കർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തദേഹം ഷാധിമാം ത്വാം പ്രപന്നം ഒന്നുകൂടെ ഭഗവാൻ ഒന്നു നോക്കി അർജുനന് മനസ്സിലായി ശരണാഗതി ചെയ്യുമ്പോ ഇനിയും ചിലപ്പോ ചില കാമനകളൊക്കെ ജീവന്റെ ഉള്ളില് ശരണാഗതി ചെയ്താൽ എന്റെ കാര്യം നടക്കും അങ്ങനെയാണെങ്കിൽ അത് ശരണാഗതി അല്ല കഴിഞ്ഞാൽ എനിക്ക് കാര്യം നടക്കും ശരണാഗതി ചെയ്താൽ എന്തു കിട്ടും അല്ലെ ഈ കിട്ടുക എന്നുള്ള പിച്ചക്കാരാണ് എല്ലാവരുമേ സന്യാസികളായിട്ടുള്ളവര് ഭിക്ഷാപാത്രം എടുത്ത് നടക്കുകയാണെങ്കിലും അവരുള്ളില് ചക്രവർത്തികളാണ് ലൗകികരായ പലരും വലിയ പണക്കാരാണെങ്കിലും ഉള്ളില് ഭിക്ഷാപാത്രമാണ് എവിടെ പോവാണെങ്കിൽ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും ഹൃദയത്തിലെ ഭിക്ഷാപാത്രവും പുറമേക്ക് കാറുവായിരിക്കും ചിലപ്പോ ഹൃദയത്തിലെ ഭിക്ഷാപാത്രം എത്ര കാലമുണ്ടോ അത്ര കാലം സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഭഗവാൻ അർജുനനെ ഒന്ന് നോക്കി ആ ഭിക്ഷാപാത്രം ഉണ്ടോ ഹൃദയത്തില എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും ആഗ്രഹം ഉള്ളിലുണ്ടോ എന്ന് പതുക്കെ ഭഗവാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ അർജുനൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് യാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഈ ശോകം മാറണമെങ്കിൽ അങ്ങല്ലാതെ വരെ ആരും ഗതിയില്ല ദേവന്മാരുടെ ആധിപത്യം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് യാതൊന്നും വേണ്ട നഹി പ്രവശ്യാമി മമാനുദ് യോകം ഉച്ചോഷണം ഇന്ദ്രിയാണ്യഭൂമൗ അസപത്മൃദ്ധം രാജ്യം സുരാണാം അപിചാധിപത്യം ഒരു കൃഷ്ണഭക്തനായ ഒരു യോഗി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് ആദ്യമായിട്ട് ചെന്നപ്പോ ഗുരുവാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യം വന്നു ഒരു അമ്മയായിരുന്നു ആ അമ്മയ്ക്ക് ശരണാഗതി ചെയ്യാം അങ്ങാണ് എന്റെ ഗുരു എന്ന് പറഞ്ഞ ആ അമ്മയുടെ അടുത്ത് ശിഷ്യനായിട്ട് ചെന്നു അപ്പൊ ആ അമ്മ ആദ്യമായൊരു സത്യം ചെയ്ത് വാങ്ങിച്ചു ഞാൻ തന്നെ ശിഷ്യനായിട്ട് എടുക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ഇനി ആധ്യാത്മികമായിട്ടോ ലൗകികമായിട്ടോ ഭക്തിയുടെ മാർഗത്തിലായാലും ശരി തനിക്ക് ഒരു പുരോഗതി ഉണ്ടായില്ലെങ്കിലും എന്നോട് കംപ്ലയിന്റ് പറയാൻ പാടില്ല എന്നുവെച്ചാൽ ലൗകികമായ ഡിസയറും പോണം ആത്മീയമായ ഡിസയറും ഉള്ളു പോണം ശരണാഗതി ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കാം കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം സരണ്ടർ ചെയ്തു പരമഭക്തനായിരുന്നു അദ്ദേഹം അപ്പോ ആഗ്രഹം കളയുന്നത് തന്നെ ഭക്തിയാണേ വൃത്രാസുരൻ ഭാഗവതത്തില് പറയുന്നു ന നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം നാർവൗമം ന രസാധിപത്യം ന യോഗ സിദ്ധി അപുനർഭവം വാ സമഞ്ചസത്വ വിരഹയ്യ കാക്ഷേ ഭഗവാനെ എനിക്ക് സ്വർഗവും വേണ്ട എനിക്ക് രാജ്യാധിപത്യവും വേണ്ട പാതാളാതി ലോകങ്ങളൊന്നും വേണ്ട എന്തിനു പറയുന്നു പുനർജന്മം ഇല്ലാതിരിക്കണമെന്നുള്ള ആഗ്രഹം പോലും എനിക്കില്ല അങ്ങയുടെ പാദം വിടാതെ പിടിച്ചുകൊണ്ടിരിക്കണം ശാന്തിക്ക് ഇതൊക്കെ ഏത് ആഗ്രഹവും ശാന്തിക്ക് തടസ്സമാണ് ആഗ്രഹം കൊണ്ട് കിട്ടേണ്ടതല്ല ബ്രഹ്മം തിരുമൂലർ തമിഴില് പറഞ്ഞു ആശയൈ അറിമിൻ ആശയ അറിമിൻ ആശയെ ഉപേക്ഷിക്കൂ അറിമിൻന്ന് വെച്ചാൽ മുറിച്ചുകളയാ ആശയെ അറിമിൻ ആശയെ അറിമിൻ അടുത്ത വാക്ക് കേട്ടാൽ ആശ്ചര്യപ്പെടും നമ്മള് ഈശ്വരോടാകിലും ആശയെ അറിമിൻ ആശൈ പടപ്പടത്തുൻബം താനെ ആശയി വിടവിട ഇൻപം താനെ ആശയെ മുറിച്ചുകളയൂ എന്ന് എന്നിട്ട് പറഞ്ഞു രണ്ടു പ്രാവശ്യം പറഞ്ഞു ആശയം മുറിച്ചു കളയുക ലൗകികമായ ആശയം മുറിച്ചുകളയുക ആത്മീയ അതും വിട്ടുകളയാഗ്രഹം കൊണ്ട് കിട്ടേണ്ടതല്ല എന്നിട്ട് അവസാനം ഈശ്വരനോട് പോലും വെക്കരുത് എന്നാണ് എന്താ ഈശ്വരനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ലൗകികാഗ്രഹങ്ങളൊക്കെ പോണത് അവസാനം ആ ആഗ്രഹം ഉള്ളത്തോളം ഈശ്വരൻ എന്താ നമുക്ക് പിടിക്കട്ടില്ല ഈ ആഗ്രഹവും ഈശ്വരാനുഭൂതിക്ക് തടസ്സമായിട്ട് നിൽക്കും ആ ആഗ്രഹവും പോകുമ്പോ എന്തവശേഷിക്കുന്നു അതാണ് ഈശ്വരൻ ആ ആഗ്രഹവും ഈശ്വരൻ എവിടെയോ പുറത്തുണ്ടോന്നും എന്തോ അറിയാനുണ്ടോന്നും എവിടുന്നോ പിടിക്കണമെന്നും വിചാരിച്ചോണ്ടിരിക്കുന്നിടത്തോളം ഈശ്വരാനുഭൂതി ഉണ്ടാവണില്ല അപ്പോ അർജുനനെ എല്ലാം വിട്ടു ശരണാഗതി ചെയ്യുമ്പോ സകലതും ഭഗവാന്റെ കാൽച്ചവട്ടല് വെച്ചു ഭഗവാനോട് പറഞ്ഞു നഹി പ്രവശ്യാമി മമാപനുദ്ധ്യാദിയ ശോകം ഉച്ചോഷണം ഇന്ദ്രിയാണ് ഭഗവാനെ ഈ ശോകം കരഞ്ഞുവല്ലോ ആദ്യത്തെ അധ്യായം മുഴുവൻ ആ കരഞ്ഞ ശോകമുണ്ടല്ലോ എന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ശോഷിപ്പിക്കണു ഭഗവാനെ കണ്ണു വറ്റിപ്പോയി ചെവിയിലൊക്കെ ഒരു മൂളല് മൂക്കിൽ ജലദോഷം പിടിച്ച പോലെ നാക്കു വരണ്ടുപോയി ത്വക്കൊക്കെ ചുട്ടുനീറുന്നു സർവേന്ദ്രിയങ്ങളിലും ശോഷണം ശോഷിപ്പിക്കണെന്നാണ് ഇന്ദ്രിയങ്ങളുടെ ബലം ക്ഷയിച്ചുപോണു ഈ ശോകം കൊണ്ട് ശോകം ഉച്ചോഷണം ഇന്ദ്രിയാണാം ഏ തനിക്ക് ഭൂമിയിലേ വലിയ അധിപതിയായിട്ടിരിക്കാം ചക്രവർത്തിയായിട്ടിരിക്കാം വേണ്ട അവാപ്യ ഭൂമൗ അസപത്നം ഋഷ രാജ്യം സുരാണാമപിച്ച ആധിപത്യം ഈ ഭൂമിയിൽ ശത്രുക്കളേ ഇല്ലാത്ത സാമ്രാജ്യം കിട്ടിയാലും ശരി അല്ല ദേവേന്ദ്രന്റെ സ്ഥാനത്തിൽ ചെന്ന് ഇരുത്തിയാലും ശരി എനിക്ക് വേണ്ട അത് കിട്ടിയാലും എനിക്ക് വേണ്ട കാരണം ഈ ശോകം മാറിക്കിട്ടണം ശോകമുഛോഷണമിന്ദ്രിയാണ ഇതിനാരു മാറ്റും ഈ പുറമേക്കുള്ള വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെച്ചാലും ശോകം ഉള്ളിലുണ്ടാവുമല്ലോ എല്ലാം പുറമേക്ക് കിട്ടും ചക്രവർത്തിയായി തന്നെ ഇരിക്കട്ടെ അതിനകത്ത് തിരുന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുമല്ലോ ശോകം എങ്ങനെ മാറും എല്ലാ സമൃദ്ധികളും ഉണ്ടെങ്കിലും സമൃദ്ധിയുള്ളവരൊക്കെ സൗഖ്യമായിട്ടാണോ ഇരിക്കുന്നത് ലോകത്തിലുള്ള വലിയ വലിയ ധനവാന്മാരുടെ കൂടെ പോയി കുറച്ചു ദിവസം താമസിച്ചിട്ട് വന്നാൽ നമുക്കറിയാം അവർക്ക് എത്ര പ്രശ്നമുണ്ട് പ്രശ്നം അകത്താണ് അപ്പൊ പുറമേക്കുള്ള സുഖ സൗകര്യങ്ങളൊന്നും വേണ്ടാം അതുകൊണ്ടൊന്നും ഈ ശോകം മാറിക്കിട്ടില്ല ഭഗവാനെ അതുകൊണ്ട് എനിക്ക് വഴി കാണിച്ചു തരൂ എന്നെ ധാർത്ഥ മാർഗത്തിൽ നയിക്കൂ എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ വീണു ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ഭഗവാൻ ശരണാഗതി ചെയ്തു അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു സഞ്ജയോ വാച ഏവമുക്വാ ഋഷികം ഗോവിന്ദം ഉഭൂവഹ സഞ്ജയൻ പറഞ്ഞു അഹോ അഹോ എന്നുവെച്ചാൽ ആശ്ചര്യം അല്ലെങ്കിൽ അർജുനന്റെ ആ അവസ്ഥയെ കാണിക്കുകയാണ് നയോത്സ്യേ ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല തീരുമാനിക്കുകയാണ് വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ചു ഏവമുക്വാ ഋഷികം ഋഷികേശനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം എങ്ങനെയുള്ള ആളാ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെച്ച് സകലത്തിന്റെ നടുവിലും ഇരുന്ന് സ്വതന്ത്രനായിട്ട് പരിപൂർണനായിട്ട് നിൽക്കണു കൃഷ്ണൻ വാസിഷ്ഠത്തിലുള്ള ഒരു ശ്ലോകമുണ്ട് സ്വതന്ത്ര പുരുഷൻ എങ്ങനെയിരിക്കണു എന്നാണ് സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്ത ശീതളതാ ച ഇന്ദോഹോ ഇവോദേ വിചാരിണ സമുദ്രത്തിനെ പോലെ ആഴം എന്നുവെച്ചാൽ അതിൽ എന്തിട്ടാലും പോയി മറയും ഒന്നും അവിടെ ചപ്പിപ്പിക്കില്ല എത്ര നദി വീണാലും അല അടിക്കില്ല വറ്റിപ്പോകില്ല സമുദ്രസേവ ഗാംഭീര്യം മേരുപർവ്വതത്തിനെ പോലെ ഇളകാത്ത സ്ഥിതി സ്ഥൈര്യം മേരോരിവ സ്ഥിതി ഞാൻ ശരീരമല്ല ബ്രഹ്മവസ്തുവാണെന്നുള്ളത് ഉറപ്പായ അനുഭവസ്ഥിതി സ്ഥൈര്യം മേരോരിവ സ്ഥിതി ഉള്ളെങ്ങനെയിരിക്കുന്നു അന്ത ശീതളാത്ത ഉള്ള് നല്ല കുളിർമ അതെവിടെ എന്നു വെച്ചാൽ തുഷാരകര ബിംബാക്ഷം നല്ല പൗർണമിയിലെ ചന്ദ്രനെ പോലെ തെളിഞ്ഞിരിക്കുന്നു ചിത്രം മനോയസ്സ്യ നിരാകുലം ആകുലത ഇല്ലാതെ ഇരിക്കുന്നു എവിടെ ആശ്രമത്തിലിരിക്കുമ്പോഴല്ല മെഡിറ്റേഷൻ റൂമിലിരിക്കുമ്പോഴല്ല മരണ ഉത്സവ യുദ്ധേഷു ശാന്തീതി കഥ്യതെ മരണം നടക്കുന്ന സ്ഥലത്താണെങ്കിലും ശരി ഉത്സവപ്പറമ്പിലാണെങ്കിലും ശരി യുദ്ധം നടക്കുകയാണെങ്കിലും ശരി അതിന്റെ നടുവിലും ഫുള്ളി കളക്ടഡ് പൂർണ്ണം ശാന്തം നിറഞ്ഞു നിൽക്കണമെന്ന് അതാണ് കൃഷ്ണൻ അങ്ങനെ കൃഷ്ണന്റെ മുമ്പിലാണ് ഇന്ദ്രിയങ്ങളൊക്കെ ആകുലമായി ചലിച്ച് നരൻ നാരായണന്റെ മുമ്പിൽ വീണു ഏവമുക്വാ ഋഷികം ഗോവിന്ദം ഉനോട് പറഞ്ഞു ഗോവിന്ദൻ എന്നുള്ള വേറൊരു വിശേഷണം ഗോവിന്ദൻ എന്നുള്ള വാക്കിന് അർത്ഥം ഗോക്കളെ പാലിക്കണമെന്ന് മാത്രമല്ല ഉപനിഷത്തുകൾ കൊണ്ട് അറിയേണ്ട പൊരുൾ ഗോപി മഹാവാക്യൈ ഉപനിഷദ്വാക്യൈ വിന്ദത്തെ ഇതി ഗോവിന്ദ മഹാവാക്യങ്ങൾ കൊണ്ട് അറിയേണ്ട പൊരുളാണ് ഗോവിന്ദൻ ആ ഗോവിന്ദനോട് യുദ്ധം ചെയ്യില്ല ഞാൻ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലുമൊക്കെ ചോട്ടൽ വെച്ച് ബബുവ തളർന്നങ്ങൾ ഇരുന്നു എന്നാണ് ന യോത്സ്യേ കൃഷ്ണ ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇരുന്നു ഇതൊരു സ്റ്റെപ്പ് ഇതൊരു സ്റ്റേറ്റ് ആണ് ഇങ്ങനെ ചെയ്യും ജീവൻ അതായത് താൻ പ്രവർത്തിക്കുന്ന കർമ്മം മണ്ഡലം മുഴുവൻ രാഗദ്വോഷ കലുഷ രാഗദ്വേഷ കലുഷമാണെന്ന് കാണുന്നു രാഗദ്വേഷം കൂടാതെ തന്നെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള തന്റെ ലിമിറ്റേഷൻ പരിച്ഛിന്നമായ അവസ്ഥയും അറിയുന്നു ലോകത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാലും രാഗദ്വേഷം വരും എന്നറിയുന്നു അപ്പൊ തൽക്കാലത്തേക്ക് എന്തു പറയുന്നു ഋഷികൾ വി ആൻഡ് പ്രിപ്പയർ യുവർ സെൽഫ് തൽക്കാലത്തേക്ക് ഒന്ന് രാമകൃഷ്ണ പരമാംസർ പറയും കർമ്മമണ്ഡലത്തിൽ എപ്പോഴും കിടന്ന് കുഴങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോ ഇതുമാതിരിയൊക്കെ കുഴപ്പം വരും ഇടയ്ക്ക് കർമ്മമണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് ചാടുക ഒന്ന് മാറി നിൽക്കുക ഒന്ന് ഏകാന്തത്തിൽ നിൽക്കുക എന്നിട്ട് ഈ തത്വം ഒന്ന് ഓർക്കുക ഇനിയിപ്പോ ഭഗവാൻ പറയാൻ പോകുന്ന ആത്മതത്വം ഞാൻ കർത്താവോ ഭോക്താവോ അല്ല നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ ആത്മവസ്തുവാണെന്നുള്ള തെളിച്ചം ഉള്ളിൽ ഉണ്ടാവാനായിട്ട് ഇടയ്ക്കൊരു വിഡ്രോവൽ ഗൃഹസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് വേണ്ടതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ എത്ര ജാഗ്രതയായിട്ടിരുന്നാലും അടുക്കളയിൽ എങ്ങനെ ഇരുന്നാലും മേത്ത് കരിയാവെന്ന് പറയണ പോലെ എത്ര ജാഗ്രതയായിരുന്നാലും എവിടെയെങ്കിലുമൊക്കെ ചളി പിടിക്കും ഉള്ളില് എവിടെങ്കിലുമൊക്കെ നമ്മൾ ആകുലമാവും അപ്പൊ ഒന്നൊന്നും ഒന്ന് പിൻവലിയ സത്സംഗത്തിലോ ഏകാന്തത്തിലോ ഇരുന്ന് നിത്യാനിത്യവസ്തു വിവേചനം ചെയ്യണം നിത്യമായത് ഈ ബ്രഹ്മവസ്തു മാത്രം നമ്മളുടെ പ്രവർത്തനവും ലോക ഒക്കെ തൽക്കാലത്തേക്കുള്ള ഒരു കളി ഉള്ളൂ ഇതിലൊന്നും നിത്യമായ സുഖമോ നിത്യമായ ശാന്തിയോ തൃപ്തിയോ കിട്ടില്ല അതുകൊണ്ട് ഈ കളിയിൽ സംഘമില്ലാതിരിക്കണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോളാം സംഘമില്ലാതെ കളിക്കണം കളിക്ക് തന്നെ വേണം ആത്മജ്ഞാനം ഉണ്ടായാൽ പോലും കളിക്കണം പ്രാരബ്ധം കഴിഞ്ഞവരെ കളിക്കണം അപ്പൊ കളിക്കാം കളിയാണെന്ന് അറിഞ്ഞിട്ട് കളിച്ചാൽ കുഴപ്പമേ ഇല്ല ലോകത്തിനെ പാക്കറ്റിലിട്ട് കളിക്കാം പക്ഷേ പെട്ടുപോകരുത് നാടകത്തിൽ നടിക്കുമ്പോ ചിലപ്പോ റോളിൽ ഐഡന്റിഫിക്കേഷൻ വന്നാൽ കുഴപ്പമാവും രാമായണത്തിൽ രാമനായിട്ട് നടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി അതുപോലെ നടിച്ചാൽ കുഴപ്പമാവും നാടകത്തോടെ വേഷമൊക്കെ അഴിച്ചു വെച്ചോളണം ചില ആളുകൾ കുറെ കാലം നടിച്ചു കഴിഞ്ഞാൽ അതിനോട് ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിക്കളയും അല്ലെ മഹാവിഷ്ണുവായിട്ട് എൻ ടി രാമറാവു നടിച്ച് നടിച്ച് നടിച്ച് അവസാനം അദ്ദേഹം നാട്ടിലൊക്കെ വിഷ്ണുവേഷം കെട്ടി നടക്കാൻ തുടങ്ങി പലരും നാടകത്തിലും സിനിമയിലും ഒക്കെ നടിച്ച് നടിച്ചിട്ട് ഐഡന്റിഫിക്കേഷൻ വരും അതുപോലെ താനും അതായിട്ട് തീരും അപ്പോ ഐഡന്റിഫിക്കേഷൻ വരാൻ പാടില്ല ഈ വേഷത്തിനോട് താതാത്മ്യം വരാതെ വേഷത്തിനെ മാറ്റി നിർത്തി താൻ മാറി നിന്നാൽ കുഴപ്പമില്ല അതിനെ ഇടയ്ക്കിടക്കിടയ്ക്ക് ഒന്ന് മാറണം ഇവിടെ അർജുനൻ ഒന്ന് മാറുകയാണ് ഇപ്പോ അർജുനന്റെ അവസ്ഥയിൽ ഇപ്പൊ പ്രവർത്തിച്ചാൽ കുഴപ്പമാണ് അർജുനൻ തന്നെ അറിയാം താൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കുഴപ്പമാണ് ഇപ്പത്തെ അവസ്ഥയിൽ താൻ ശരിയായ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇല്ല ഇപ്പത്തെ പ്രവൃത്തി മയമായിരിക്കും അതുകൊണ്ട് അമ്പും വില്ലുമൊക്കെ ചോട്ടൽ വെച്ചു ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ വഴി കാണുന്നവരെ വെളിച്ചം കാണുന്നവരെ ഞാനത് എടുക്കില്ല ഗോവിന്ദം ഉക്വാ തൂഷ്ണീം ബഭൂവഹ തൂഷ്ണീം വെച്ചുണ്ടാതിരുന്നു അങ്ങനെയിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറഞ്ഞു തമുവാഷി കേസന്നിപഭാരതാം സേനയോർ ഉഭയോർ മധ്യേ വിഷീദന്ത സേനയോ ഉഭയോ മധ്യേ വിശീദന്തം രണ്ടു വശത്ത് രണ്ട് സൈന്യവും നിൽക്കണം ഇതിന്റെ രണ്ടിന്റെ നടുവിൽ വീരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്നു അർജുനൻ അർജുനനെ പോലെ ഒരു ധീര പുരുഷൻ കരഞ്ഞ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അർജുനൻ സേനയോർ ഉഭയോർ മധ്യേ വിഷീദന്തം അർജുനം ഋഷികേശ പ്രഹസന്നിവ ഉച്ച രണ്ടുപേർ കൂടെ വ്യത്യാസം നോക്കുക ഇദ്ദേഹമോ വിഷീദന്തം കരഞ്ഞു നിലവിളിക്കുമ്പോ അവിടെ സുന്ദര മന്ദഹാസം പ്രസന്നത ഒന്ന് ജ്ഞാനത്തിന്റെ ലക്ഷണം ഒന്ന് അജ്ഞാനത്തിന്റെ ലക്ഷണം അവിദ്യയുടെ രാഹുവിന്റെ പിടിയിലായാൽ ഇങ്ങനെ കരയും എത്ര സുന്ദരനാണ് അർജുനൻ ആ സുന്ദരമായ മുഖമൊക്കെ കണ്ണീരുകൊണ്ട് നിറഞ്ഞു ഭഗവാനോ പ്രസന്നമായി മന്ദഹസിച്ചുകൊണ്ട് പ്രഹസന്നിവ വേറൊരു അർത്ഥം പ്രഹസൻ എന്ന് വെച്ച കളിയാക്കിച്ചിരിക്കുന്ന പോലെ എന്നൊരർത്ഥം പ്രഹസനം നമ്മൾ പറയില്ലേ കളിയാക്കിച്ചിരിക്കുന്ന പോലെ അർജുനനെ നോക്കിയിട്ട് എന്താണോ എന്നുള്ള മട്ടില് തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയോ പ്രഹസൻ ഇവ നോക്കി കളിയാക്കിച്ചിരിക്കുന്ന പോലെ എന്നൊരർത്ഥം പ്രഹസൻ ഇവ ഭാരത ആദ്യത്തെ ശ്ലോകം അങ്ങനെയാണോ ഒരു കളിയാക്കലാണോ അർജുനനെ നോക്കിയിട്ട് ഭഗവാൻ അങ്ങനെ ചിരിച്ചു തമുവാച ഋഷികേശ പ്രഹസൻ ഇവ ഭാരത ധൃതരാഷ്ട്രതയാണ് ഭാരതൻ എന്ന് വിളിക്കണം എന്താന്ന് വെച്ചാൽ ഇനി ഗീതയെ പറയാൻ പോവാണ് അപ്പൊ ഭാരതൻ എന്നുള്ള വാക്ക് ഭാരതത്തിൽ ജനിച്ചവൻ എന്നോ ഭരതവംശത്തിൽ ജനിച്ചവൻ എന്ന് മാത്രം അർത്ഥമല്ല ഭാഹ എന്ന് വെച്ചാൽ പ്രകാശം പ്രകാശത്തിൽ രമിക്കേണ്ടവനാണ് ഭാരതം അപ്പൊ ഇനി അങ്ങ് പ്രകാശത്തിൽ രമിക്കണം ഇനി വരാൻ പോകുന്ന ഗീത മുഴുവൻ പ്രകാശമാണ് ജ്ഞാനപ്രകാശമാണ് അതിൽ രമിക്കാൻ തയ്യാറായിക്കോളൂ എന്നുള്ള മട്ടിലാണ് ധൃതരാഷ്ട്രവേ ഭാരത എന്ന് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞ് ശ്രീ ഭഗവാൻ പറയുന്നു ഇവിടുന്നാണ് ഭഗവത്ഗീത ആരംഭം ആചാര്യസ്വാമികൾ ഭാഷ്യം ഈ ശ്ലോകം മുതലാണ് ആരംഭിക്കണം ഗീതയുടെ തത്വോപദേശം ഇവിടുന്നാണ് ആരംഭിക്കണം ഗീത ആരംഭം ശ്രീ ഞാൻ ഇത് പറഞ്ഞു തരാം തിരിച്ചു ചൊല്ല ീഭവാൻ ഉചോച്യന്വശോചസ്വ പ്രാവാദംശ ഭാഷസേ ഗസൂ നഗതൂശ നാശോചന്തിഡിത ശ്രീ ഭഗവാൻ വാചാം പണ്ഡിതന്മാരുടെ ലക്ഷണം ഭഗവാൻ പറയുന്നു ഹേ അർജുന അശോച്യാന് അന്വശോചാത്വം ഇത്രയും നേരം കരഞ്ഞുവല്ലോ അല്ലെ അർജുനൻ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും തനിക്ക് ഇവരോടൊക്കെ ദുഃഖം ഏർപ്പെട്ടതിന് കൃപയുണ്ടായതിന് ഭഗവാൻ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒന്ന് അനുമോദിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ആരെക്കുറിച്ചാണോ ശോചിക്കാത്തത് ശോചിക്കാൻ പാടില്ലാത്തത് അവരെക്കുറിച്ച് താൻ അനുശോചിക്കുന്നു അനുശോചനം നടത്തുന്നു അശോച്യാൻ അന്വശോചസ്ത്വം കരയാൻ പാടില്ലാത്തടത്ത് കരയണു എന്നിട്ടോ പ്രജ്ഞാവാദാംശ ഭാഷസേ പ്രജ്ഞാവത ജ്ഞാനിനജ്ഞാവാൻ എന്ന് വെച്ചാൽ ജ്ഞാനി എന്നർത്ഥം പ്രജ്ഞയുള്ളവൻ പ്രജ്ഞാവാൻ സ്ഥിതപ്രജ്ഞൻ അറിവുള്ളവൻ ഇത്രയൊക്കെ കരഞ്ഞിട്ട് ധർമ്മത്തിനെ കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്തു അർജുനൻ അപ്പൊ ഭഗവാൻ പറയണത് പ്രജ്ഞയുള്ളവരെ പണ്ഡിതന്മാരെ പോലെ വർത്തമാനം പറയുകയും ചെയ്തു ഇത്രയൊക്കെ കരഞ്ഞ നിലവിളിച്ചു എന്നിട്ട് വലിയ വിദ്വാനെ പോലെ വർത്തമാനം പറയുകയും ചെയ്തു വിദ്വാൻമാരുടെ ലക്ഷണം എന്താ അറിയോ പണ്ഡിതന്റെ ലക്ഷണം ഇവിടെ പണ്ഡിതെന്ന് വെച്ചാൽ പുസ്തകം പഠിച്ച ആളല്ല പണ്ടാ ആത്മവിഷയാ മതിഹി യേശാം തേ ഹി പണ്ഡിതാഹ എന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യം പണ്ഡിതൻ ആരാണ് എന്ന് വെച്ചാൽ പണ്ട എന്നൊരു വാക്കുണ്ട് പണ്ട എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം ആത്മാവിൽ നിൽക്കുന്ന ബുദ്ധി എന്നർത്ഥം അതായത് ശരീരം മനസ്സ് ബുദ്ധി ഇതിനെയൊക്കെ മാറ്റി നിർത്തി ശ്രദ്ധ സ്ഫൂർത്തിയെ നാടി ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നുള്ളതിനെ മറക്കാതിരിക്കുന്നു സാക്ഷി മാത്രമായിട്ടുള്ള അവബോധത്തിൽ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നവരാണ് പണ്ഡിതൻ അതുകൊണ്ട് ശരീരത്തിന് എന്ത് സംഭവിച്ചാലും മനസ്സ് എത്ര ചവലപ്പെട്ടാലും അയാൾ ചലിക്കില്ല അയാളുടെ ശ്രദ്ധ നിശ്ചലവും സർവഗതവും സ്ഥാണുവുമായ വസ്തുവിൽ നിലയുറപ്പിച്ചിരിക്കണം നല്ല സ്ഥലത്തിൽ കുറ്റി കെട്ടിയിട്ടുണ്ട് കുറ്റി അറിഞ്ഞു കെട്ടിയിട്ടുണ്ട് അവിടുന്ന് ചലിക്കില്ല അപ്പൊ പണ്ഡിതൻ ആരാണ് നിത്യമായ വസ്തുവിനെ കണ്ടവൻ പണ്ഡിതൻ പണ്ടാ ആത്മവിഷയാമതി ആത്മാവിൽ നിഷ്ഠമായ ബുദ്ധിയുള്ളവൻ പണ്ഡിതൻ അല്ലാതെ പുസ്തകം പഠിച്ചതുകൊണ്ട് മാത്രം പാണ്ഡിത്യമാവില്ല പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന ധിഷ്ഠാസയെത്തുന്ന യാജ്ഞവൽക്യൻ പറഞ്ഞത് ആദ്യം പണ്ഡിതനാവൂ അത്ര അതായത് ആത്മാവിനെ കുറിച്ചൊക്കെ അറിയും പിന്നെ അറിഞ്ഞിട്ട് ആ അറിവിനെയും വിട്ടിട്ട് ചെറിയ കുട്ടികളെ പോലെ ആവുന്ന ബാല്യേന ധിഷ്ഠാസയത്ത് ചെറിയ കുട്ടികളെ പോലെ സ്വതന്ത്രനായി തീരും അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു പണ്ഡിതനെ പോലെ നീ വർത്തമാനം പറയണു പണ്ഡിതന്റെ ലക്ഷണം എന്താ അറിയോ ഗതാസൂന് അഗതാസൂച്ച പണ്ഡിതാഹ പണ്ഡിതന്മാര് അസു എന്ന് വെച്ച പ്രാണൻ ഗതാസവ അസു പോയിട്ടുള്ളവര് പ്രാണൻ പോയിട്ടുള്ളവര് മരിച്ചവര് അഗതാസൂന് മരിക്കാത്തവര് ജീവിച്ചിരിക്കുന്നവര് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ വരാൻ പോണവരെ കുറിച്ചോ ഒന്നും പണ്ഡിതന്മാര് വിഷമിക്കില്ല ദുഃഖിക്കില്ല അവർക്ക് ഈ പ്രകൃതിയുടെ ഒഴുക്കിൽ അവരുടെ ശ്രദ്ധയിൽ അവരുടെ ശ്രദ്ധ എപ്പോഴും ശാശ്വതമായ വസ്തുവിലാണ് ലോകവസ്തുക്കളെ കുറിച്ചു ദുഃഖിക്കുന്നവർ തികച്ചും അജ്ഞാനികളാണ് കാരണം ലോകം കാണപ്പെടുന്നതാണ് ലോകം ലോക്യത്തെ ഇതി ലോക എന്നാണ് കാണപ്പെടുന്നത് എന്നാണ് അർത്ഥം ലോകം എന്നുള്ളതിന് അർത്ഥം കാണപ്പെടുന്നത് അതായത് കണ്ടാൽ ഉണ്ട് കണ്ടിട്ടില്ലെങ്കിലോ ഇല്ല കാണുന്നവന്റെ ദൃഷ്ടിയിലാണ് ഇരിക്കണതോ ലോകം ലോകത്തിനെ നന്നാക്കാൻ ആളുകൾ പുറപ്പെടും പലപ്പോഴും ലോകത്തിനെ നന്നാക്കാൻ പുറപ്പെട്ടിട്ട് ഇതുവരെ നന്നായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും ആളുകൾ ലോകം നന്നാക്കാൻ പുറപ്പെടുന്നുണ്ട് ലോകം നന്നാക്കി നന്നാക്കി ഇപ്പൊ എവിടെ എത്തിയിരിക്കണം അവതാര പുരുഷന്മാർ അവതരിച്ച് അവതരിച്ചിട്ട് തന്നെ ലോകം ഇപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ് അപ്പോ ലോകം നന്നാക്കുക എന്നൊരു സമ്പ്രദായമേ ഇവിടെ ഇല്ല ലോകം നന്നാക്കണമെങ്കിൽ കണ്ണാടിയിൽ ഷേവ് ചെയ്യാൻ ഇരിക്കുമ്പോ കണ്ണാടിയിലാണോ ഷേവ് ചെയ്യാം ഷേവിംഗ് മുഖത്താണോ അതുപോലെ ലോകം ദർപ്പണമാണോ കണ്ണാടിയാണ് അത് നോക്കിട്ട് നമ്മളിൽ എത്ര കണ്ട് റിപ്പയർ ചെയ്യുന്നു അതിനനുസരിച്ച് ലോകത്തിനെ കാണും നമുക്ക് ഹൃദയത്തിലെ ബ്രഹ്മവസ്തു തെളിഞ്ഞാൽ ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വ പശ്യേ ബ്രഹ്മമയം ജഗത് ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം ഈശ്വരമയം ഇവിടെ ഒന്നും റിപ്പയർ ചെയ്യാനില്ല റിപ്പയർ ചെയ്യാൻ ഉണ്ടെന്ന് കരുതുന്നവൻ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിലൊക്കെ ബുദ്ധിയെ കൊണ്ട് ഞാൻ പലരും എനർജി വേസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണേ എന്തെങ്കിലുമൊക്കെ പുറമെ ദൃഷ്ടിയിൽപ്പെടും എന്തിനോടെങ്കിലും ഐഡന്റിഫൈ ചെയ്യും രാഷ്ട്രം മതം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമൂഹം എന്തിനെങ്കിലും ഒന്നില് താതാത്മ്യം പ്രാപിച്ചിട്ട് അതിനെ നന്നാക്കാൻ പ്രവർത്തിക്കും അതിനെ നന്നാക്കുമ്പോൾ ഒരു കാര്യം അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതിനെ നന്നാക്കാനല്ല നന്നായാൽ നന്നാവട്ടെ അതൊന്നും നമ്മളുടെ കയ്യിലില്ല നിഷ്കാമ്യമായിട്ട് സേവ ചെയ്താൽ ഈ ജീവൻ ശുദ്ധമാവും പക്ഷേ അത് നന്നാവണം നിർബന്ധം പിടിച്ചാൽ ഉണ്ടല്ലോ മഹാദുഃഖമാണ് നന്നായിട്ടില്ല എന്നുള്ള ദുഃഖം അവസാനം വല്ലാതെ ദുഃഖിപ്പിക്കും ഒരാള് കുഷ്ഠ രോഗികളെ ശുശ്രൂഷിക്കുകയാണ് ജീവിതധർമ്മം എന്ന് കരുതിയെ എന്നിട്ട് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു അവസാനം മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം എന്താന്ന് വെച്ചാൽ തനിക്ക് ചെയ്യാൻ പറ്റാതെ ഇനി എത്രയോ അനേകായിരം കുഷ്ഠരോഗികൾ ലോകത്തില് അവരെ ചിന്തിച്ചുകൊണ്ട് തന്നെ മരിച്ചു എന്താവും ഗതി അപ്പോ ശുശ്രൂഷയിലുള്ള കുഴപ്പമല്ലാതെ അത് ചെയ്യുമ്പോ നമ്മൾ ഒരു ഭഗവത് സേവ ചെയ്യണു അല്ലാതെ അത് നമ്മളെ കൊണ്ട് മാറ്റാനോ മറിക്കാനോ അല്ല അത് ഭഗവാന്റെ ഒരു പൂജ എന്നുള്ള മട്ടിലാണെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി മറിച്ച് കളയാമെന്ന് ആര് ധരിക്കണോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നമ്മൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് ധരിച്ചാൽ കുഴപ്പമാണ് അവസാനം പശ്ചാത്തപിക്കേണ്ടി വരും ഇപ്പൊ ഇവിടെ അർജുനൻ ഇവരെയൊക്കെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കണമേ അപ്പൊ അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നത് അതാണ് ഇവരുടെയൊക്കെ ജീവിതം തന്റെ കയ്യിലാണോ മരിച്ചുപോയവരെയൊക്കെ താൻ വിചാരിച്ചാൽ ജീവിപ്പിക്കാൻ പറ്റുമോ അല്ലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ മരിക്കാതെ പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയുമോ തനിക്ക് മരിക്കാതിരിക്കാൻ പറ്റുമോ ഗതാസൂന് അഗതാസൂം അനുശോചന്തി പണ്ഡിതാഹ പണ്ഡിതന്മാര് യാതൊന്നിനെ ആലോചിച്ച് ദുഃഖിക്കില്ല ദുഃഖം എവിടെ ഉണ്ടോ അവിടെ യഥാർത്ഥ ജ്ഞാനം ജനിച്ചിട്ടില്ല എന്ന് അറിഞ്ഞോളാം ദുഃഖം വരണമെങ്കിൽ തന്നെ കാരണം ഏതോ അശാശ്വതമായ വസ്തുവിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ദുഃഖം അപ്പൊ ആ ഒരു ദുഃഖം ശോകം ഉണ്ടെങ്കിൽ യഥാർത്ഥ വസ്തുജ്ഞാനം ഉദിച്ചിട്ടില്ല എന്നർത്ഥം അപ്പൊ നാനുശോചന്തി അശോച്യാനന്വശോചസ്ത്വം ആരൊക്കെയാണോ ശോച്യന്മാരല്ലാത്തവര് ഭീഷ്മര് ത്രോണരവര് അവർക്കൊക്കെ അറിവില്ലേ അവരൊക്കെ ജ്ഞാനികളല്ലേ അവരെ കുറിച്ച് ആലോചിച്ച് താൻ എന്തിനാ ദുഃഖിക്കണത് അശോച്യാനന്വശോചസ്ത്വം അവരെ കുറിച്ചൊക്കെ ആലോചിച്ച് ദുഃഖിക്കണം ഇനിയിപ്പോ ദുര്യോധനാദികളാണെങ്കിലും അവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല താൻ എത്ര ദുഃഖിച്ചാലും അവരിങ്ങനെ ഉണ്ടാവുള്ളൂ ചിലരൊക്കെ മക്കളെ കുറിച്ച് ആലോചിച്ചു പേരക്കുട്ടികളെ ഭാര്യയെ ഭർത്താവിനെ എന്തെങ്കിലും ജീവിതം മുഴുവൻ ദുഃഖിച്ചുകൊണ്ടിരിക്കാം ും മാറിക്കിട്ടില്ല ഇതൊരു പ്രകൃതിയുടെ നിയമമാണ് സിമ്പിൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളെ മാറ്റിമറിക്കാൻ പറ്റണില്ല മറ്റൊരാളെ മാറ്റിമറിച്ച് നമ്മളുടെ യച്ചയ്ക്കനുസരിച്ചാക്കാൻ പറ്റും നമ്മളുടെ ശരീരത്തിനെയും നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല അങ്ങനെയുള്ളപ്പോ വേറെ ഒരാള് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കണം എന്ന് കരുതിയാ എങ്ങനെ ശരിയാവും ഒരിക്കലും സാധ്യമല്ല അത് പ്രകൃതിയുടെ സ്വഭാവമാണ് നമ്മളുടെ ഉള്ളിൽ ഈ നന്നാക്കണം എന്നൊരു വാസന ഉണ്ടെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള ആളുകൾ നമ്മളുടെ വീട്ടിലേ വന്ന് പിറക്കും എന്തിനാന്ന് വെച്ചാൽ ആ വാസനയെ നമ്മളുടെ ഉള്ളിൽ ഇല്ലാതാക്കാനായിട്ട് പ്രകൃതി കളിക്കും നമുക്ക് നോക്കിയാൽ ഈ ഒരു പ്രതിഭാസം ലോകത്തിലെ പലയിടത്തും കാണാം മഹാത്മാക്കൾക്ക് വിപരീത ബുദ്ധിയുള്ള മക്കളും പേരക്കുട്ടികളും ബന്ധുക്കളും ജനിക്കും ഇന്ദിരാന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ കുറച്ചൊരു വാസന ചിലപ്പോ ഉണ്ടാവും നന്നാക്കാനായിട്ട് ആ വാസന എടുത്തു കളയാൻ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോ അപ്പൊ ഒരിക്കലും അനാവശ്യമായ അതാണ് രാമായണത്തിൽ ഭരതൻ വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് കരയുന്നു അയോധ്യാകാണ്ടത്ത് ഭഗവാനോട് വന്ന് പറയണു ഭഗവാനെ തിരിച്ചു വരണം അങ്ങയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ദുഃഖം വരണു ഈ സംഹാസനവും രാജ്യവും ഉപേക്ഷിച്ച് കാട്ടിൽ വന്നുവല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോ ശ്രീരാമൻ ഭരതനോട് പറയണത് ആത്മാനമനുശോചത്വം കിമന്യം അനുശോചസി ഹേ ഭരത തന്നെ കുറിച്ച് ആലോചിച്ച് കരയേ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് കരയണത് ജനിച്ചിരിക്കണമല്ലോ ജനനമരണ ചക്രത്തിനെ ജയിക്കണം സ്വയം നിശ്ചയിച്ച് തന്നെക്കുറിച്ച് ആലോചിച്ച് കരയരുത് മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് എന്തിനാ ജീവിതം പാഴാക്കുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കണം അപ്പൊ കരയാനല്ല ഇവിടെ കരഞ്ഞതൊക്കെ ധാരാളമായി ഒരുപാട് കണ്ണീർ വിട്ടു കഴിഞ്ഞു അപ്പൊ ഭഗവാൻ പറയുന്നത് മാ ശുച ഗീതയുടെ ഒരു സന്ദേശവുമാണ് ഗതാസൂൻ ആ ഗതാസൂം നാനുശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞു ആരെക്കുറിച്ചൊക്കെയാണോ ആലോചിച്ച് ദുഃഖിച്ചത് അവരൊന്നും ദുഃഖിക്കേണ്ടവരല്ല ഭീഷ്മര് ദ്രോണര് കൃപർ ഇവരൊക്കെ അവരുടെയൊക്കെ സ്വരൂപം എന്താണ് എന്നുള്ളതിനാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് നോക്കുക നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ യം നേവാഹം ജാതു നഹിഷ്യാ സേ വയം അത പരം ഇനിയൊക്കെ അത്ഭുതമായ ശ്ലോകങ്ങളാണ് ഭഗവാൻ പറയണത് നു ഏവ അഹം ജാതു ന ആസം ഞാൻ ഇല്ലാത്ത ഒരു കാലഘട്ടം എന്നത് ഉണ്ടായിട്ടേയില്ല പരന്തു ആസം ഏവ് ഞാൻ എന്ന് വെച്ചാൽ കൃഷ്ണനല്ല എല്ലാരും ഞാനില്ലാത്ത ഒരു കാലഘട്ടം ആർക്കും ഊഹിക്കാൻ പറ്റില്ല എപ്പോഴും ഉള്ള വസ്തുവാണ് ഞാൻ ആസം ഏവ് ഞാൻ ഇല്ല എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഇല്ല എന്ന് ഊഹിക്കണവനാരാ ഉണ്ടായിട്ടല്ലേ ഊഹിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇല്ല എന്നുള്ളത് പറയാനേ പറ്റില്ല എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് മരിക്കാൻ പറ്റില്ല ശാശ്വത വസ്തുവാണ് നത്വേവാഹം ജാതുന ആസം നത്വം ഞാൻ മാത്രമല്ല നീയും കൃഷ്ണൻ തന്നെ മാത്രം പറഞ്ഞു വെച്ചാൽ ഏതോ ഭഗവാൻ എന്ന് വെച്ച് പറഞ്ഞു എന്ന് വിചാരിക്കണ്ട ആത്മാ ഹേ അർജുന നീയും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ല സദാ ഉള്ള വസ്തുവാണ് നീ ഞാനും മാത്രമല്ല ഇമേ ജനാധിപാഹ ഇവിടെ നിക്കുന്ന രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ശാശ്വത ആത്മവസ്തുക്കളാണ് ആത്മസ്വരൂപികളാണ് അവർക്കൊന്നും ക്ഷയമില്ല അവരൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല നചൈവന ഭവിഷ്യാമ സർവേവയമരം നമ്മളൊക്കെ ഇനി ഭാവിയില് ഒരിക്കലും ഇല്ലാത്തൊരു കാലം വരികയുമില്ല എങ്ങനെ സാധിക്കും ഉണ്ട് എന്ന അനുഭവരൂപമായ ഉണർവാണ് ആത്മ അതിന് ഇല്ലാതാവാൻ പറ്റില്ല ഇനി ആ ഗംഭീരമായ തത്വമൊക്കെ ഭഗവാൻ പറയാൻ പോകും നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യം എന്താ ഞാനുണ്ട് അല്ലെ ഇവിടെ ലൈറ്റൊക്കെ കെടുത്തി ഇരുട്ടാക്കിയാൽ അടുത്തുള്ളവരുണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ സംശയം വരും പക്ഷെ ഞാനുണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുമോ ഇല്ല നല്ല വണ്ണം അറിയണൂ ഇരുട്ടിലെ നല്ലവണ്ണം അറിവാണ് ഞാനുണ്ട് ഇരുളിൽ ഇരിപ്പവനാർ ചൊൽകനീയെന്ന് ഒരുവൻ ഉരപ്പതു കേട്ടു താനുമേവം അവനോട് അരുൾ ചെയ്യും പ്രതിവാക്യമേകമാകും ഇരുളിൽ ഇരിപ്പവനാർ ഇരുട്ടിലെ രണ്ടുപേര് ഇരിക്കണം ഒരാൾ രണ്ടുപേര് പരിചയമുള്ള ആളുകൾ ഇരിക്കണം രണ്ടുപേർക്കും അവരവരുണ്ട് നല്ല പെണ്ണം അറിയാം അടുത്തിരിക്കുന്ന ആളോട് ആരാണ് ചോദിച്ചാൽ ഞാനാണ് ഇയാൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് രണ്ടുപേർക്കും പ്രതിവാക്യമേകമാകും രണ്ടുപേർക്കും പറയാനുള്ള ഉത്തരം എന്താണ് ഏകം ഞാനാണ് ഞാനാണ് ഞാനുണ്ട് ഞാനുണ്ട് എല്ലാവർക്കും ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് അല്ലെ ആ അഹം വൃത്തി നത്വേവാഹം ജാതു ന ആസം ആ ഞാൻ ഇല്ലാത്തൊരു സ്ഥിതി ഒരിക്കലും ഉണ്ടാവില്ല ആ ഞാൻ എന്നുള്ള പ്രജ്ഞ ആ ബോധം അത് ഇല്ലാതാവുക എന്നുള്ളത് സാധ്യമേ അല്ല ശരീരമില്ലാതാവും മനസ്സില്ലാതാവും ബുദ്ധി അഹങ്കാരം ഇതൊക്കെ ഇല്ലാതാവും പക്ഷെ ഇതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് സന്നിധി കൊണ്ട് മാത്രം ഇതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രജ്ഞ ബോധം അതില്ലാതായ ഒരവസ്ഥ ഉണ്ടാവുകയില്ല ശൂന്യത എന്ന് പറയുന്നത് സാധ്യമേയല്ല അവിടെയാണ് ബുദ്ധനെ വേദാന്തികൾ ഖണ്ഡിച്ചത് ബുദ്ധൻ ശൂന്യത എന്ന് പറഞ്ഞു ബുദ്ധൻ വാസ്തവത്രി ശൂന്യത എന്ന് പറഞ്ഞത് അഹങ്കാരത്തിന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷെ ബൌദ്ധന്മാര് അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി ശൂന്യതാ സിദ്ധാന്തം ഉണ്ടാക്കിയപ്പോ ശൂന്യവാദികളായിട്ട് തീർന്നു അപ്പോ വേദാന്തികൾ ആചാര്യസ്വാമികൾ പ്രത്യേകിച്ച് പറഞ്ഞു ഒരിക്കലും ശൂന്യമാവാൻ പറ്റില്ല ശൂന്യം എന്ന് പറയുന്നവനാർ ശൂന്യം എന്നൊരുത്തം പറയണമെങ്കിൽ ആ ശൂന്യതയെ കാണുന്നവൻ ഉണ്ടാവണമല്ലോ അവിടെ അപ്പൊ ശൂന്യം എന്ന് ആര് പറഞ്ഞു ഞാൻ കണ്ടു ശൂന്യത്തിന് എന്ന് പറഞ്ഞാ കണ്ട ഞാൻ ഉണ്ടായിരുന്നുവല്ലയോ അതാണ് സദ്ദർശനത്തിൽ ആദ്യത്തെ ശ്ലോകവും മഹർഷിയുടെ സദ്ദർശനത്തിൽ ആദ്യത്തെ ശ്ലോകവും സത്പ്രത്യയാഹായ സന്തം ഉള്ള വസ്തുവൊന്നും ഇല്ലാതെ ഉണ്ട് എന്നുള്ള തോന്നൽ എവിടെന്നുണ്ടായി അപ്പൊ ശൂന്യവാദം അക്സെപ്റ്റബിൾ അല്ല ഭഗവാൻ പറയണത് സത്വസ്തുണ്ട് ഒണ്ട് എന്ന് തന്നെയാണ് സത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് അസത്ത് നിന്നും ഒന്നും ഉണ്ടാവില്ല സത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ ഉദ്ഭവിച്ചിരിക്കുന്നത് ആ സത്തിന്റെ രൂപം നമ്മളുടെ ഒക്കെ ഉള്ളിൽ ആ സീഡ് ഓഫ് എക്സിസ്റ്റൻസ് സീഡ് ഓഫ് ക്രിയേഷൻ അതെല്ലാവരുടെ ഹൃദയത്തിലും ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് അയാം അയാം അയാം ഐ ഐ അതിങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കും അത് ഒരിക്കലും നാശമില്ലാത്ത വസ്തു സദാശാശ്വത ആത്മസ്വരൂപമായി അസ്ഥി ഭാതി പ്രിയം എന്നാണ് അതൊണ്ട് അത് പ്രകാശിക്കണു അത് പ്രേമസ്വരൂപമാണ് അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് ആ ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിനെ അവിടുന്ന് ആണ് ആനന്ദമൊക്കെ വരുന്നത് എല്ലാ വികാരങ്ങളുടെയും ഉറവിടം അവിടെ നിന്നാണ് എല്ലാ സുഖത്തിന്റെയും ഉറവിടം അവിടെ നിന്നാണ് അവിടുന്ന് ഇങ്ങനെ പൊന്തി വരുന്നു അതിനെ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഉപനിഷത്ത് ഐത്തിരി ഉപനിഷത്ത് ചോദിക്കുന്നു ഈ ചിതാകാശത്തിൽ നിന്ന് പൊന്തി വരുന്ന ആനന്ദമില്ലെങ്കിൽ കഫ് പ്രാണ്യാത് ആര് പ്രാണനുള്ളിലേക്കും പുറത്തേക്ക് എടുക്കും ആര് ജീവിക്കും ജീവിതത്തിന് എന്ത് പ്രയോജനം ജീവിക്കുന്നതിന് പ്രയോജനം എന്താന്ന് വെച്ചാൽ ആനന്ദമുണ്ട് ദുഃഖിക്കുന്നതിൽ പോലും ആനന്ദമുണ്ട് ദുഃഖം എന്തിനു വരുന്നു ദുഃഖത്തിൽ ആനന്ദമുള്ളതുകൊണ്ട് ദുഃഖിക്കുന്നു വിവേകാനന്ദ സ്വാമികളോട് അടുത്ത് പറഞ്ഞു ദർ ഇസ് ഡീപ് എക്സ്ട്രസ് ഇൻ പെയിൻ എന്നാണ് ദുഃഖം അനുഭവിക്കുമ്പോ പോലും ഈ ജീവൻ അറിയാത്ത സ്വരൂപാനന്ദത്തിനെ ദുഃഖത്തിലൂടെ അനുഭവിക്കണം പക്ഷെ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താനേ കഴിയില്ല അതാണ് ഭഗവാൻ ആദ്യമായിട്ടിട്ട സ്റ്റേറ്റ്മെന്റ് നത്വേവ അഹംജാതുന ആസം ഹേ അർജുന ഞാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായില്ല ഉണ്ടായിട്ടില്ല എന്നാ ഞാനോ ഭഗവാനെ നത്വം നീയും ഇല്ലാത്തൊരവസ്ഥയില്ല ധിവാഹ ഈ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എല്ലാ സമയത്തും ശാശ്വതാത്മ സ്വരൂപികളായി ഉണ്ടായിരുന്നു നച്ചവന ഭവിഷ്യാമ ഇനി ഫ്യൂച്ചറിൽ എന്തു വേണമെങ്കിൽ സംഭവിക്കാം പക്ഷെ ആത്മാഅ അനാത്മാവായിട്ടോ സദ്വസ്തു അസത്തായിട്ടോ തീരില്ല മരണമില്ലാത്ത വസ്തുവിന് മരണം ഉണ്ടാവില്ല ഇതിനാണല്ലോ ഭാഗവതം മുഴുവൻ മെനക്കിടന്നത് അവസാനം പരീക്ഷത്തിനോട് ഈ തത്വം ബോധിപ്പിക്കുന്നു ശുഖബ്രഹ്മ മഹർഷി അപ്പൊ ഈ തത്വം അറിഞ്ഞാൽ ഈ തത്വത്തിനെ അറിയുന്നത് അറ്റൻഷൻ അതിൽ വീണതുണ്ടല്ലോ അത് ജ്ഞാനം ആ അറ്റൻഷൻ അതിൽ വീണ് കഴിഞ്ഞാൽ ശ്രദ്ധ അതിൽ പതരാകെ പിടിക്കുമ്പോ അതൊരു പ്രേമാനുഭവം ഒരു ലഹരി അത് ഭക്തി ഭക്തിക്ക് ജ്ഞാനത്തിന് വ്യത്യാസമൊന്നുമില്ല ആത്മാവിനെ അറിയുന്നത് ജ്ഞാനം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നത് ഭക്തി അതുകൊണ്ടാണ് സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത് ആത്മാവിനെ അറിയുന്നത് ശ്രദ്ധ കൊണ്ട് അറ്റൻഷൻ അങ്ങനെ തിരിയുന്നത് ജ്ഞാനം അപ്പൊ ജ്ഞാനം ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജ്ഞാനത്തിന്റെ പ്രോസസ്സ് കഴിഞ്ഞു പിന്നെ ഇരിക്കുന്നത് എന്താ പരാഭക്തി സദാ ആ വസ്തുവിനെ ശ്രദ്ധ വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ ആനന്ദപ്രാപ്തി ആനന്ദാനുഭൂതി ഇപ്പൊ ഈ സത്താജ്ഞാനം എല്ലാവർക്കും ഉണ്ട് അല്ലെ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോൾ ഞാൻ വ്യക്തമായി പറയുമ്പോൾ യുക്തിയുക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഇരുട്ടിലും ഞാൻ ഉണ്ട് എന്ന് അറിയണു ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വരണില്ല അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കും അതുകൊണ്ട് എന്ത് പ്രയോജനം ചോദിക്കുമ്പോ ഈ ഉണ്ട് എന്നുള്ള അറിവ് ബ്രഹ്മത്തിന്റെ ഒരു കലയാണ് സത്ത് എന്നുള്ള കല ചിത്ത് എന്നുള്ള കലയുമുണ്ട് എല്ലാത്തിനെയും ഞാൻ അറിയുന്നു എന്നുള്ളതുമുണ്ട് രണ്ട് കല പ്രകാശിക്കണം സത്ത് ഉണ്ട് ചിത്ത് ഉണ്ട് പക്ഷേ തെളിച്ചറിയണില്ല ഉണ്ട് എന്നറിയണു ഇതൊക്കെ ഞാൻ അറിയുന്നു എന്നുള്ളതും പക്ഷെ ആനന്ദം എന്നുള്ള കല പൂർണമായി പ്രകാശിച്ചില്ല സുഷുപ്തിയിൽ അല്പാൽപ ആവരണ ആവരണ ഉണ്ട് അത്രയേ ഉള്ളൂ ആനന്ദം എന്നുള്ള കല പ്രകാശിച്ചില്ല എന്തുകൊണ്ട് പ്രകാശിച്ചില്ല എന്ന് വെച്ചാൽ ഈ മനസ്സ് പുറം വിഷയത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സ് തിരിഞ്ഞു നിന്ന് ഈ ഞാൻ ഉണ്ട് എന്നുള്ളതിനെ ശ്രദ്ധിച്ചു തുടങ്ങണം അപ്പോ ആനന്ദം എന്നുള്ള കല പ്രകാശിക്കും ആനന്ദം ഉള്ളിൽ നിന്ന് ഉജ്ജ്വലമായി എന്താ ഭഗീരഥൻ ഗംഗയെ വിളിച്ചപ്പോ ഗംഗ അവിടുന്ന് ഒഴുകിയ പോലെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകും ഹൃദയത്തുനിന്ന് ഒഴുകും അപ്പൊ അതിന് പ്രജ്ഞ ജ്ഞപ്തി അതിന് ജപ്തി എന്നാണോ പറയാം ജപ്തി ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു അറ്റൻഷൻ അങ്ങോട്ട് തിരിയുന്നു അറ്റൻഷൻ തന്നിലേക്ക് തിരിയുമ്പോ തന്റെ ഹൃദയത്തിൽ ആനന്ദപ്രാപ്തി അതിനാണ് ഭഗവാൻ ആദ്യമായി ശ്രദ്ധ യാൻ കടുത്തിരിച്ചു അർജുനന്റെ അല്ലെങ്കിൽ ഭഗവാൻ വേറെ വലുത് ഉപദേശിക്കാമായിരുന്നുവല്ലോ ശോക്കരുത് ദുഃഖിക്കരുത് എല്ലാരും മരിക്കും എല്ലാരും ജനിക്കും ഇതൊക്കെ പിന്നീട് പറയണ്ട് ആദ്യം അതൊന്നും പറഞ്ഞില്ല ഭഗവാൻ ആദ്യം പറയണത് അർജുന ഞാൻ മരിക്കില്ല നീ മരിക്കില്ല ഇവിടെ ഉള്ള ആരും മരിക്കില്ല നശിക്കില്ല ആ ഞാൻ എന്താണ് മഹാത്മാക്കളൊക്കെ ഞാൻ എന്ന് പറയുമ്പോ അവരുടെ രൂപത്തിനെ എന്ന് പറഞ്ഞ് ധരിക്കരുത് യേശു പറഞ്ഞൊരു വാക്കിവിടെയൊക്കെ അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഐ വേ ഞാനാണ് വഴി അവരെന്ത് പറയും ക്രിസ്തു മാത്രമാണ് വഴി എന്ന് പറയും അല്ലെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ നമ്മുടെ ആളുകളും പറയണ്ടേ കൃഷ്ണൻ മാത്രമാണ് വഴി ശിവൻ മാത്രമാണ് വഴി എന്നൊക്കെ പറയും അതൊന്നും ശരിയാവില്ല അവരൊക്കെ ഞാൻ എന്ന് പറയുമ്പോ പരമാത്മാവായിട്ട് ബ്രഹ്മമായിട്ട് നിന്നുകൊണ്ടാണ് അവരുടെ മാത്രം ഞാനല്ല നമ്മളുടെ ഒക്കെ നിന്നുകൊണ്ടാണ് പറയണത് അവരുടെ മാത്രം ഞാനിൽ നിന്നുകൊണ്ടല്ല ആരെങ്കിലും ഒരാളെ അവരുടെ ഞാനിൽ നിന്നാൽ മറ്റുള്ളവരുടെ ഒക്കെ ഞാനിൽ നിന്നു തന്റെ ഞാനെ പിടിച്ച് അറിഞ്ഞാൽ എല്ലാവരുടെ ഞാനും അത് തന്നെ ഇവിടെ പിടിച്ച് കുലിക്കിയാൽ പ്രപഞ്ചം മുഴുവൻ കുലുങ്ങും ഈ ഹൃദയത്തിലുള്ള ഞാൻ എന്നുള്ളതിനെ സ്പർശിച്ചാൽ പ്രപഞ്ചം മുഴുവൻ ചലിക്കും പ്രപഞ്ചത്തിന് മുഴുവൻ സീഡ് ബീജം വിത്ത് ഇവിടെ കിടക്കണു ഞാൻ ഉദിക്കുമ്പോ പ്രപഞ്ചം ഉദിക്കും അപ്പൊ ഈ ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ നാശമില്ലാത്ത പ്രജ്ഞയാണത് ബോധമാണത് അതില്ലാത്തൊരു കാലമില്ല ശാശ്വതമായുണ്ട് അതേപോലെ എന്നിലുള്ള ഞാനിനെ അറിഞ്ഞാൽ തത്വമസി അത് നീ തന്നെയാണ് നമുക്കൂന്ന് മഹാവാക്യം ഉണ്ട് ഇതില് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് നത്വേവാഹം ജാതുനാസം അർജുന ഞാനില്ലാത്തൊരവസ്ഥയില്ല ഞാൻ സദാവുള്ള വസ്തു നീയും അതുപോലെ തന്നെ നത്വം എന്ന് പറയുന്നതിൽ നീ അത് തന്നെ ഞാൻ ഏതൊന്നാണോ അത് തന്നെയാണ് നീയും പിന്നെ മൂന്നാമത്തെ മഹാവാക്യം എന്താണ് അയമാത്മാ ബ്രഹ്മ എന്നാണ് ഇമേ ജനാധിപാഹ ഈ കാണുന്ന ജനാധിപന്മാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അത് തന്നെ ഞാനും അത് തന്നെ നീയുമത് തന്നെ ഏതൊരു പരമാത്മാവുണ്ടോ ആ പരമാത്മാവാണ് ഞാൻ ആ പരമാത്മാവാണ് നീ ഈ കാണുന്നവരൊക്കെ ആ പരമാത്മ സ്വരൂപികളാണ് മൂന്ന് മഹാവാക്യങ്ങളും ഈ ശ്ലോകത്തിൽ വന്നു നജൈവന ഭവിഷ്യാമ സർവേവയമരം ഒരിക്കലും നാശമില്ലാത്ത പ്രജ്ഞയാണ് ബോധമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ഗീതയെ വിരിച്ചു കാണിക്കണം ആ വിരിച്ച് കാണിക്കുമ്പോ അതിന്റെ വിസ്താരം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശോകി ദുഃഖിക്കരുത് നോക്കണം ആദ്യത്തെ ശ്ലോകം എന്താണ് ദുഃഖിക്കരുത് രണ്ടാമത്തെ ശ്ലോകം എന്താണ് ദുഃഖം അജ്ഞാനം കൊണ്ടാണ് വരുന്നത് തന്നെ അറിഞ്ഞാൽ ദുഃഖം ഉണ്ടാവില്ല ഇതാണ് ആദ്യത്തെ രണ്ട് ശ്ലോകം ആ ഗീതയുടെ ബേസിക് മെസ്സേജ് ഇതാണ് ദുഃഖിക്കരുത് എന്നാണ് ദുഃഖിക്കാൻ ഇടവരാത്ത വിധത്തിൽ ജീവിക്കാം അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം അറിവ് വേണം എന്തിനെക്കുറിച്ച് അറിവ് തന്നെ കുറിച്ചുള്ള അറിവ് വേണം തന്നെത്താൻ അറിഞ്ഞാൽ തനിക്ക് ശോകം അസ്തമിച്ചു കിട്ടും അപ്പൊ തന്നെത്താൻ അറിയുക തന്റെ സ്വരൂപത്തിനെ അറിയ ഇത് ഗീത ആരംഭം മുതൽ ഭഗവാൻ അവസാനം വരെ ഇനി പറയാൻ പോകും ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ആത്മാവിന്റെ സ്വരൂപത്തിനെ പറയണതാണ് നമ്മുടെ നാളെ കാണാം രാവിലെ പതിവ് പോലെ എട്ട് ഏഴ് ടു എട്ട് ഗംഗോത്രിയിൽ സത്തർഷം